ജ്ഞാന തദാനം യേഷാം നാശിതം ആത്മന ഏഷാം ആദിത്യവ ജ്ഞാനം പ്രകാശയതി തത്പരം ആത്മന ജ്ഞാനേന ആത്മന ആത്മാവിൻ്റെ ജ്ഞാനേന ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയുക എന്ന അറിവുകൊണ്ട് അത് ഹേതുവായി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 അതുപോലെ അജ്ഞാനജന്യങ്ങളാകുന്ന വികാര വിചാരങ്ങളാകുന്ന ഈയാം പാറ്റകൾ ഈ അറിവിലേക്ക് ഹോമിക്കപ്പെടുന്നു എന്നിട്ടോ ഇതങ്ങനെ ആദിത്യവ പ്രകാശയതി സൂര്യനെ പോലെ പ്രകാശിക്കുന്നു ഗായത്രിയൊക്കെ ചൊല്ലുമ്പം ഈ ഒരു ഭാവമാണ് നമുക്ക് വേണ്ടത് ഒരിക്കലത് വെളിപ്പെട്ടാൽ പിന്നെ അത് മഞ്ഞു പോവില്ല എന്ന് പറയും ഒരിക്കൽ എന്നെങ്കിലും സംഭവിക്കണം നമ്മൾ ഈ ഒരു ശ്ലോകത്തെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പറയാൻ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കത് മനസ്സിലായിട്ടുള്ളത് ഒരു നല്ലൊരു ഉദാഹരണത്തിലൂടെയാണെന്ന് പറയാം അതായത് നമ്മൾ രാത്രിയിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തുന്നു ഒരു പുതിയ സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ എക്സ്കർഷനോ അല്ലെങ്കിൽ നല്ല ടൂറിനോ പുതിയ സ്ഥലം കാണാൻ വേണ്ടി പോകുന്നു ഒരു രാത്രി എട്ട് മണി ഒൻപത് മണിക്കാണ് അവിടെ എത്തിയത് നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തങ്ങനെ എവിടെയാണോ ആ താമസ സ്ഥലം വലിയ പരിചയമൊന്നുമില്ല ആ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് രാത്രിയാണ് ഒരു മിന്നൽ പിണരിൽ നാം അതിൻ്റെ ചുറ്റുപാടുമുള്ള പലതും കാണുന്നു ഒരു മിന്നലിൻ്റെ ഒരു വെട്ടൽ എല്ലാം നമുക്കവിടെ പ്രകടമാവും അവിടെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ വൃക്ഷങ്ങൾ പൂത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാം പിന്നീടുണ്ടാകുന്ന ഇരുട്ടിന് ഈ ആദ്യം കണ്ട മിന്നൽ പിണറിൽ കണ്ട കാഴ്ചയെ ഇല്ലായ്മ ചെയ്യാൻ എത്ര ശക്തി കൂടിയ ഇരുട്ടിനും സാധ്യമല്ല ഇതാണ് അറിവിന്റെ തല ഒരിക്കലും നിങ്ങൾ അറിഞ്ഞാൽ അത് പിന്നെ അതവിടെ ഇരിക്കും നീന്ത പഠിച്ചതുപോലെയാണ് നീന്തപ്പടിച്ച ദിവസവും നീന്തിയിട്ടില്ലെങ്കിൽ മറന്നൊന്നും പോവില്ല പോവും മറ്റുള്ളതൊക്കെ ചിലപ്പോൾ മറന്നു പോകും ഭാഷ പോലും മറന്നു പോവാം മാതൃഭാഷ അല്ലാത്ത ഭാഷ മാതൃഭാഷ പോലും മറന്നു പോകുന്നവരുണ്ട് മലയാളി പ്രത്യേകിച്ച് കേരളത്തിലില്ലേ മലയാളിയെക്കുറിച്ച് പറയാറ് ലോകത്തിലെല്ലായിടത്തും ഉണ്ട് ഒരിടത്ത് മാത്രമില്ല എന്നാണ് പറയുന്നു കേരളത്തിലൊഴികെ ബാക്കി എല്ലായിടത്തും മലയാളി ഉണ്ട് അത്ര അത് സ്വായത്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോവില്ല നമ്മെ വിട്ടുപോവില്ല അതുകൊണ്ട് ആദിത്യവത് ജ്ഞാനം ആദിത്യവത് പ്രകാശയതി സൂര്യനെ പോലെ അത് ജ്വലിക്കുന്നു സൂര്യൻ പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതൊക്കെ എല്ലാം ഇരുട്ടും എല്ലാം അതായത് രാത്രിയിൽ എന്തൊക്കെയാണോ ഭൂതമായും മറ്റു പലതുമായി നമ്മൾ കണ്ടത് രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ഭയം നീങ്ങിയില്ലേ സൂര്യന്റെ അഭാവത്തിൽ നമുക്ക് എത്ര ഭയമാണ് പുറത്തിറങ്ങാൻ നമുക്ക് ടോർച്ച് വേണം ടോർച്ചൊക്കെ ഉണ്ടെങ്കിലും പേടിയാം ഇരുട്ടിനെ പേടിയ സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നീങ്ങും ഇതുപോലെ ഈ അറിവ് ഇങ്ങോട്ട് പ്രകാശിച്ചു കഴിഞ്ഞാൽ അറിവുമോട്ട് പ്രകടമായാൽ എല്ലാം അതുകൊണ്ടാണ് ഭഗവാൻ മുൻപ് നി ജ്ഞാന സദൃശം പവിത്രമിഹ വിദ്യ പറഞ്ഞു തന്നെയ പുനരാവൃത്തി താ ആത്മാന തന്നിഷ്ടാ തത് പരാണ ഗുനരാവൃത്തിനിർൂതകന്മഷാ തത് ബുദ്ധയ തദ്ധയ എന്ന് പറഞ്ഞാൽ തത് അതിനെ ബുദ്ധയ ബോധിച്ചവർ അതായത് ആ പരമാത്മ തത്വത്തെ ഏതൊന്നാണോ ഈ പ്രപഞ്ചത്തിന് ആധാരമായത് തനിക്ക് ആധാരമായി നിലകൊള്ളുന്നത് അതിനെ അറിഞ്ഞവൻ എന്നാണ് തത് അപ്പൊ അതിനെ അറിയേണ്ടതാണ് അറിയാൻ യോഗ്യമാണ് എന്നൊക്കെയാണ് തത് ആത്മാനഹ അതെങ്ങനെ തത് ആത്മാനഹ അത് താൻ തന്നെയെന്ന് പരമാത്മാവ് താനെന്നറിഞ്ഞവനാർ തൻ നിഷ്ഠ ഇതൊക്കെ ഗംഭീരങ്ങളായ പ്രയോഗങ്ങളാ ഉപനിഷത്തിലെ പ്രയോഗങ്ങളാ തൻ നിഷ്ഠ തത് നിഷ്ഠ അതിൽ നിഷ്ഠയായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ അത് അതിലാണ് നിലകൊള്ളുന്നത് മറ്റൊന്നിലല്ല എന്ന് പറയാം അപ്പം തത് ബുദ്ധയ അതിനെ ബോധിച്ചവൻ തദ്ത്മാനഹ അത് തന്നെ തന്നെയായി അറിഞ്ഞവൻ തൻ നിഷ്ഠ അതിൽ നിഷ്ഠയോടുകൂടിയിട്ടുള്ളവൻ തത് പരായണ അതിനെ പ്രാപ്യമായിട്ടുള്ളവൻ അതിനെ പ്രാപിച്ചിട്ടുള്ളവൻ ഈ ഹസ്താമലകനൊക്കെ അതാണ് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയാനില്ലേ നാഹം മനുഷ്യോ നജദേഹ നജ യക്ഷ ഇത്യാദി ഇതൊന്നും ഞാനല്ല എന്ന് നിഷേ എല്ലാറ്റിനെയും നിഷേധിച്ചുകൊണ്ട് ആരാണ് ഞാൻ എന്താ ബോധസ്വരൂപനാണ് ഞാൻ എന്ന് പറയാൻ പറ്റുന്നത് ആ അതിൽ പരായണനായതുകൊണ്ടാണ് പറയാം അല്ലെങ്കിൽ ശിവോഹം ശിവോഹം എന്ന് പറയാൻ പറ്റുന്നത് അതിൽ പരായണനായതുകൊണ്ട് എന്ന് പറയാം തത് പരായണ ജ്ഞാന നിർദൂത കന്മഷാഹ പരമാർത്ഥ ജ്ഞാനം കൊണ്ട് പാകത വന്നിട്ടുള്ള അവർ ആ പുനരാവൃത്തിം ഗതി പിന്നെ വീണ്ടും ജന്മത്തെ അവർക്കുണ്ടാകുന്നില്ല എന്ന് പറയാം വീണ്ടുമുള്ള ഭരണം അതിനെന്തെങ്കിലുമൊക്കെ മതി എന്ന് പറയാം ചെറിയ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മതിയാവും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നിങ്ങൾ സ്വാമി രാംദാ സമർത്ഥ രാംദാസിന്റെ കഥ കേട്ടിട്ടുണ്ടോ എന്ന് സ്വാമിക്ക് അറിയില്ല സമർത്ഥ രാംദാസ് അദ്ദേഹം ഒരു എന്താ ചെറുപ്പത്തിൽ വലിയ ഇതൊന്നുമില്ല എന്താ അത്ര മിടുക്കനോ കാര്യമൊന്നുമല്ല ഒരു വികൃതിയായിട്ടുള്ള കുട്ടിയായിരുന്നു പഠിക്കുക തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് സ്കൂളിലൊന്നും പോവില്ല പിന്നെ അങ്ങനെ വലുതായി വലുതായ സമയത്ത് അവർക്ക് തോന്നി രക്ഷിതാക്കൾക്ക് ആരൊക്കെയോ വന്ന് പറഞ്ഞു കല്യാണം കഴിപ്പിച്ചാൽ നന്നാവുന്നു അതുകൊണ്ടാണ് പലരെയും അങ്ങനെയൊരു ശ്രമം നടത്തി നോക്കുന്നത് എന്തായാലും അവരുടെ സമ്പ്രദായത്തിൽ നടുക്കൊരു തുണി കെട്ടും തുണി ഉണ്ടാവും വരൻ അപ്പുറം വധുവിപ്പുറം മറ്റേ തുണി മാറ്റിയിട്ടാണ് വരൻ വരന് ഈ മംഗല്യസൂത്രം എടുത്ത് കൊടുക്കുക എന്നിട്ട് കാലി കെട്ടുന്ന സമയം അങ്ങനെയാണ് അപ്പൊ ഈ തുണി നീക്കി നോക്കിയപ്പം ആളെ നാരായണനാണ് സമർത്ഥ രാംദാസിന്റെ പേരെന്ന് തുണി നീക്കി നോക്കിയപ്പൊ ആളെ കാണാനില്ല ആള് പോയി കഴിഞ്ഞു കിട്ടിയോ അവരെല്ലായിടത്തും അന്വേഷിച്ചു ആളെ കണ്ടിട്ടില്ല ആള് നേരെ പോയത് വാരാണസിക്കാം അവിടെ ഈ പഞ്ചപടിയാണ് ആള് കാണുന്നത് അവിടുന്ന് നടന്നു നീങ്ങിയിട്ട് ഈ പഞ്ചവടിയിൽ പോയതോടുകൂടി അവിടെ നിന്ന് രാമായണ ഓർമ്മ വന്നു അവിടെ ഏതോ ഒരു രാമ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ പോയി പിന്നെ ആളാകെ മാറുമായിരുന്നു ആകെ പിന്നീട് പഠനവും എത്രയോ എത്രയോ വർഷം ഗുരുക്കന്മാരെ അന്വേഷിച്ച് പോകലും അപ്പൊ ചെറിയ എന്തെങ്കിലും ഇപ്പൊ ഒരു ചിലപ്പം ഇനി അങ്ങനെയൊക്കെ ആവാം ചിലപ്പോൾ കല്യാണത്തിന് ഇരിക്കുന്ന അപ്പോഴായിരിക്കും തോന്നുന്നത് ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എപ്പോഴാണ് പറയാൻ പറ്റില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഒരു കള്ളൻ രക്ഷ എന്താ പറയാ രക്ഷപ്പെട്ട കഥ ഒരു ജമീന്ദാരുടെ പഴയ ജമീന്ദാരുടെ പറമ്പിൽ ഒരു കള്ളൻ കയറുന്ന കള്ളന് പണ്ടത്തെ കള്ളന്മാരൊന്നും അധികം ഒന്നും നാളികേരം വാഴക്കൊല്ല ഇതൊക്കെ മോഷ്ടിക്കുള്ളൂ അങ്ങനെ തെങ്ങിന്റെ മുകളിൽ കയറി മോഷണ ശ്രമം മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു നാളികേരം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊരു നിലാവുള്ള രാത്രിയായിരുന്നു അപ്പൊ തെങ്ങിന്റെ മുകളിൽ നിന്ന് കണ്ടു ആളുകൾ വരുന്നത് ആരാ അവരുടെ കാര്യസ്ഥന്മാർ അപ്പൊ ഇദ്ദേഹം തോന്നിയോ പിടിക്കപ്പെടുമല്ലോ ഏതായാലും വേഗത്തിലിറങ്ങി വേഗത്തിലിറങ്ങി ഇനി ഓടിയാൽ പിടിക്കും അങ്ങനത്തെ പാകായപ്പം അവിടെ കരിയില കത്തിച്ചിട്ടിട്ടുണ്ട് ആ കരിയില കുറച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ട് തേച്ചു നെറ്റിയിലൊക്കെ ഭസ്മാക്കി ഒരൊട്ടി ഇരുത്തം വേഗത്തിലിറങ്ങിയതിന്റെ ക്ഷീണമുണ്ട് അപ്പൊ അങ്ങനെ പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുക ഇത് സ്ഥിരം തൊഴിൽ സ്ഥിരമാക്കിയതുകൊണ്ട് ഒരു യോഗിയുടെ ശരീരം പോലെയാണ് ഇപ്പം അതായത് തെങ്ങ് കയറുന്നവരൊക്കെ ശ്രദ്ധിച്ചാറ് ഒരു യോഗിയുടെ ലക്ഷണമൊക്കെ ഉണ്ടാവും അങ്ങനെ ഇരുന്നു എന്നാണ് വന്നു നോക്കി മറ്റവർ കണ്ടപ്പോ തോന്നി ഇത് കേമായിട്ടുണ്ടല്ലോ കാരണം ഒരു യോഗി വന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ യോഗശക്തി കൊണ്ട് നാളികാരൊക്കെ വീണിട്ടുണ്ട് ചുറ്റും നോക്കുമ്പോൾ നാളികേരെ തപസ്സിന്റെ ഉഗ്രമായ തപസ്സിന്റെ ബലമാണെന്നാണ് തോന്നുന്നത് ഇവർ പോയി ജമീന്ദാരെ അറിയിച്ചു എന്നാ ജമീന്ദാർ വന്നു ജമീന്ദാരോട് ഇവർ പറഞ്ഞു നോക്കൂ ഇത് അങ്ങയുടെ അച്ഛനും അച്ഛനും അങ്ങുമൊക്കെ ചെയ്ത പുണ്യത്തിന്റെ സത്കർമ്മത്തിന്റെ ബലമാണ് ഈ ഭൂമിയിൽ ഒരു യോഗി വരിക അതും ഇങ്ങനെ തെങ്ങിന്റെ ഏട്ടിലിരിക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ യോഗശക്തി കൊണ്ട് ഒരൊറ്റ പാകാവാത്തത് വീണിട്ടില്ല എല്ലാം കൃത്യം കൃത്യം കൃത്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇദ്ദേഹം അപാരനാണ് അദ്ദേഹത്തിന്റെ യോഗശക്തി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നാ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ സമാധിക്കൊരു ഭംഗം വരുത്തണ്ട തെങ്ങ് നാളികേരം വീഴുകയാണെങ്കിൽ വിഴട്ടെ നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ട നിങ്ങൾ അദ്ദേഹത്തിനൊരു ശല്യമാവരുത് അതുകൊണ്ട് പ്രഭാതമാവട്ടെ എപ്പോഴാണ് അദ്ദേഹം ഉണരുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞു ഇവരൊക്കെ ദണ്ഡ നമസ്കാരം നടത്തിയിട്ട് അവർ പോയി എന്നാ അദ്ദേഹം ഇതൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ അവരൊക്കെ പോയി എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ഇയാൾ ഓടി അവരാരും പറയാതെ ഓടുന്ന ഓട്ടത്തില്ല ഈ ഇരുന്ന് കുറച്ചൊരു പ്രാണായാമം ഇതിനു മുമ്പ് ഇങ്ങനെ നിവർന്ന് ഇരുന്നിട്ടില്ലായിരുന്നു ഏതോ ഒരു യോഗിയുടെ ചിത്രം എവിടെയോ കണ്ടൊരോർമ്മയുണ്ട് തൽക്കാലം അതാകാൻ വേണ്ടി ഒരു ഒരു പ്രഛന്നവേഷം ചെയ്യായിരുന്നു തൽക്കാലത്തേക്ക് അപ്പൊ ഇവരെ വന്ന് നമസ്കാരമൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ ആയപ്പം എവിടെയോ എന്തോ ചെറിയൊരു മിന്നൽ അങ്ങനെ ഓടി നാട്ടിലേക്ക് വെറും ഒരു സെക്കൻഡിൽ താനൊരു വേഷം കിട്ടിയപ്പം ഈ ജമീന്ദാർ പോലും എന്നെ നമസ്കരിച്ചു എങ്കിൽ ഈ സത്യം ഒന്ന് അറിയണമല്ലോ അങ്ങനെ ഓടിക്കാട്ടിലേക്ക് ഓടി ഒരു ഗുരുവിനെ പ്രാപിച്ചു ഗുരുവിൽ നിന്ന് സത്യം ഗ്രഹിച്ചു എന്നാണ് ഒരു നാളികേരെ മോഷ ഒരു മോഷ്ടാവിന് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കും രത്നാകരനൊന്നും ഇത് സംഭവിച്ചത് വലിയ ബുദ്ധിമുട്ട് എന്താ പറയുക ഒരുപാട് പ്രയത്നിക്കേണ്ടി വന്നിട്ടില്ലേ ഒരു തയ്യാറാകലായിരുന്നു അപ്പൊ അതിൽ അതിലേക്ക് വീണു കഴിഞ്ഞാലോ പിന്നെ തദ്ബുദ്ധയ തദ്ത്മാനഹ തന്നിഷ്ഠ തത്പരായണ ജ്ഞാനനിർദ്ദൂസ ജ്ഞാനനിർദൂത കന്മഷാഹ ആ പുനരാവൃത്തിം ഗതി പിന്നെ അവർക്ക് ഈ വരവുണ്ടല്ലോ വീണ്ടും വീണ്ടും ഉള്ള ജനിമൃതികള് ആ ജനിമൃതികളില്ല എന്ന് പറയും അതായത് ഈ ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് ഈ ജനിമൃതികളെല്ലാം ആ ജനിമൃതികളെല്ലാം അധിവർത്തിച്ചുകൊണ്ട് ബോധസ്വരൂപനായി നിലകൊള്ളുന്നു തുടർന്ന് അവന്റെ അവൻ ഈ പ്രപഞ്ചത്ത് പ്രപഞ്ചത്തെ കാണുന്നത് എങ്ങനെയാണ് അവന്റെ വീക്ഷണം എന്താണ് പറയും വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ കവിഹസ്വപാകേ പണ്ഡിതാ സമദർശിന വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചേവാകേ ച പണ്ഡിതാഹ സമദർശിന ഇതൊക്കെ ഭഗവത്ഗീത അല്ലേ വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ ശ്ലോകത്തിന്റെയൊക്കെ ചിത്രങ്ങളുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം ഒരാൾ അങ്ങനെ കാണുന്നതാണ് ഒരാടെ ചിത്രം ആ ആനയുടെ ചിത്രത്തിൽ ഒരു കൃഷ്ണന്റെ തല പിന്നെ ഒരു എന്താ പറയുക പറയുന്നൂറ നായ കഴിക്കുന്ന ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നവൻ പിന്നെ എങ്ങനെ എങ്ങനെ ഈ പറയുന്ന കുറെ ചിത്രങ്ങളുണ്ട് കാണും കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ വിദ്യാ വിനയ സമ്പന്നെ നോക്കൂ ഇവിടെ പറയുന്നത് വിദ്യയിൽ നിന്നുണ്ടായിട്ടുള്ള വിനയം കൊണ്ട് വിദ്യ എന്നത് വിനയത്തിനായിട്ടുള്ളതാ അതുകൊണ്ടാണ് വേദ്യം യയാ വിദ്യതേ സാ വിദ്യ േദ്യം യ വിദ്യേ സാവിദ്യ ഏതൊന്നാണോ അറിയേണ്ടതിനെ അറിയിക്കുന്നത് ഏതൊന്നാണോ അതാണത്ര വിദ്യ ആ വിദ്യ നേടിയാൽ എന്താ ഉണ്ടാവ ഉണ്ടാകേണ്ടത് വിനയം അങ്ങനെ നേടേണ്ടത് നേടി വിനയം വന്നിട്ടുള്ള അവൻ ബ്രാഹ്മണേ ബ്രാഹ്മണനിൽ ഗെന്ന് പറഞ്ഞാൽ പശു പശുവിലും ഗ പശുവിലും ഹസ്തി ആനയിലും ശുനി നായയിലും പട്ടിയിലും ശപാകേ ചേവ അതിനെ പാകം ചെയ്യുന്നവൻ ചണ്ടാ എന്താ ചണ്ടാലൻ ചണ്ടാലൻ അവനിലും പണ്ഡിതാഹ സമദർശിനൻ സമത്തെ കാണുന്നു എന്ന് പറയാം ഇവിടെ അവൻ കാണുന്നു എന്നതാണ് അവൻ വേർതിരിക്കുന്നില്ല വേർതിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇന്നത് ഇന്നതാണ് ഇന്നതിനെ ദൂരയാക്കണം എന്നൊന്നും അവൻ അവന് യാതൊരു മത്സരവും ഇല്ല എന്ന് പറയാം എന്തെങ്കിലും ഒന്നിനായിട്ട് യത്നിക്ക യത്നിക്കേണ്ടതുണ്ട് എന്നവൻ അറിയുന്നില്ല അതാണ് അവൻ്റെ വലിയൊരു വലിയൊരാശ്വാസം അതാണ് ഈ സമദർശിത്വം എന്ന് പറഞ്ഞു അതാണ് ഒന്നിനും വേണ്ടി പ്രത്യേകിച്ച് പ്രയത്നിക്കാത്തവൻ കാരണം എല്ലാം ആയി തീർന്നവനാണ് എല്ലാമായി തീർന്നവൻ എന്തെങ്കിലും പ്രത്യേകം ചെയ്യേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല വളരെ രസമായിട്ടുള്ളൊരു വല്ലാത്തൊരവസ്ഥയാണത് അതായത് ഒരു ഒരു യോഗി ഇങ്ങനെ നടന്നു പോവുക ഇങ്ങനെ ഈ ഭാവത്തിലുള്ള ഒരാൾ അങ്ങനെ നടന്നു പോവുക അപ്പൊ നടന്നു പോകുന്ന സമയത്ത് പിറകുന്നു കാറ്റടിക്കുന്നുണ്ട് കാറ്റടിച്ച് അയാളുടെ മുടി ഇങ്ങനെ മുൻപിലേക്ക് വരുന്നു അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നടന്നു ഇതാണ് ആളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് കാറ്റിനോട് പോലും താൻ മല്ലടിക്കുന്നില്ല ഇതിപ്പം നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ ആലുവറ്റി പോകണം അപ്പൊ നിങ്ങൾ മറൈൻ ഡ്രൈവിൽ അങ്ങോട്ട് പോകുമ്പോൾ കാറ്റ് വന്നടിക്കുമ്പോൾ നിങ്ങൾ പോട്ട് വച്ചയ്ക്ക് അങ്ങനെ ആരും ശ്രമിക്കും വേണ്ട കാരണം ഇത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എതിരിടുന്നില്ല എന്ന് പറയാം ഒരു എതിർപ്പ് പോലും ഇല്ല എന്നാ ശരി ഇത് വല്ലാതെ ഇങ്ങോട്ടേക്ക് തനിക്ക് അങ്ങോട്ട് തിരിഞ്ഞു നടക്കാം തിരിഞ്ഞു നടന്നാലും താൻ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പിടിക്കേണ്ടത് വാച്യാർത്ഥമല്ല ലക്ഷ്യാർത്ഥത്തിലേക്ക് വരണം ഇതൊരു വല്ലാത്തൊരവസ്ഥയാണിത് എന്താണ് അവനെല്ലാം ഒന്നിനോടും എതിരിടാതെ അവനങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അവനങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം അത് ബ്രാഹ്മണനോ ആയാണോ ആനാന്നോ അതിനെ പാകം ചെയ്യുന്നവെന്നോ ഒരു വേദവും ഇല്ല ഓരോന്നിനെയും ഓരോന്നിൻ്റെ എല്ലാം ആ സത്യമാണ് എന്ന് അവനറിയുന്നു അവനൊരു സർക്കസ് കൂടാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവനെല്ലാം കാണുന്നതൊന്നാണ് അവിടെ എല്ലാം ഉണ്ടാവും സർക്കസ് നടത്തുന്ന മാനേജര് അവിടെ അല്ലാത്തവര് എല്ലാവരും ഒരു ഭേദവുമില്ല ഭേദചിന്ത സമദർശിന പണ്ഡിത സമദർശിന പണ്ഡിതന് സമദർശിത്വമാണ് ഭേദചിന്തകളില്ല എന്ന് പറഞ്ഞു ഭേദചിന്ത ഒഴിഞ്ഞവനാണ് പണ്ഡിതൻ തുടർന്ന് നിർദോഷം ബ്രഹ്മാണിത നമ്മൾ ഓരോരുത്തരെയും എവിടെയാണോ പ്രതിഷ്ഠിച്ചത് അവിടം പൂർണ്ണ മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കുക വളരെ ലളിതമായിട്ട് പറഞ്ഞത് എവിടെയാണ് നാം ഇപ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടുകൂടിയിട്ട് ഒരൽപ്പം പോലും വിഭജനം സൃഷ്ടിക്കാതെ പൂർണ്ണ മനസ്സോടുകൂടി അതിനെ അങ്ങോട്ട് ആവാഹിച്ച് പ്രതിഷ്ഠിക്കുക എന്ന് പറയാം സാമ്യ സ്ഥിതം തൈഹി ഇഹ ഏവ എന്നുള്ളതൊക്കെ അടിവരയിടേണ്ടതാ അല്ലാതെ ഇനി ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയിട്ട് ഇവിടുന്ന് ഇവിടുന്ന് നമുക്ക് ഇത് വിറ്റ് ഗുരുവായൂരിന്റെ അടുത്തൊരു ഫ്ലാറ്റ് എടുത്ത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ നിങ്ങൾ വേണ്ടാന്ന് മതിയാക്കിക്കോളാൻ എവിടെയാണോ അവിടെ എത്രയൊക്കെ കൊതുണ്ടെങ്കിലും അതിന്റെ നടുക്ക് ഇരുന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ആശ്രമത്തെ അല്ലെങ്കിൽ ബദ്രിനാഥില് ഇപ്പൊ പലരും പലരും പലരുമായിട്ട് അവര് പറയുന്നത് കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് അയച്ചിട്ട് സ്വാമി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് അത്യാവശ്യം പെൻഷനും ഉണ്ട് പിന്നെ ഒരു ഫ്ലാറ്റ് ഗുരുവായൂർ അങ്ങോട്ട് എടുത്തിട്ട് ദിവസം അങ്ങോട്ട് തൊഴുത് ഇനി ശേഷിക്കുന്ന കാലം അതായത് ഭഗവത് പൂജയും അല്ലെങ്കിൽ അതുമായിട്ട് അങ്ങനെ കഴിയാം സ്വാമി അതിനൊന്നും വിരോധമൊന്നും പറയല്ല ഇനി വല്ലവരും അങ്ങനെ ഒക്കെ ഉണ്ടാവേ പലർക്കും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ പക്ഷെ ആ ചിന്ത ആ ചിന്ത വേണ്ട എന്ന് പറയുക അതുകൊണ്ട് അല്ല ഇവിടെ ഗീതയിൽ പറയുന്നത് ഇഹ ഏവ എന്നതാ ഈ ഏവ എന്നൊക്കെയുള്ളത് വലിയ എന്താ ഇഹയ്ക്ക് ചേർത്ത് വെച്ചിട്ടുള്ളതാ ഏവ ഇവിടെ തന്നെ എവിടെയാണോ അപ്പോട്ട അപ്പോഴി ഇരുന്നിട്ട് എന്നിട്ട് എന്ത് വേണം ഈ സർഗ സർഗ സംസാരം ജിതഹ ജയിക്കപ്പെടേണ്ടതാണ് നമ്മൾ ഓരോരുത്തരെയും എവിടെയാണോ പ്രതിഷ്ഠിച്ചത് അവിടം പൂർണ്ണ മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കുക വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ എവിടെയാണ് നാം ഇപ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടുകൂടിയിട്ട് ഒരൽപ്പം പോലും വിഭജനം സൃഷ്ടിക്കാതെ പൂർണ്ണ മനസ്സോടുകൂടി അതിനെ അങ്ങോട്ട് ആവാഹിച്ച് പ്രതിഷ്ഠിക്കുക എന്ന് പറയ സാമ്യ തൈഹി ഇഹ ഏവ എന്നുള്ളതൊക്കെ അടിവരേടേണ്ടതാണ് എവിടെയാണോ അപ്പോട്ട അവിടെ ഇരുന്നിട്ട് എന്നിട്ട് എന്ത് വേണം ഈ സർഗ സർഗ സംസാരം ജിതഹ ജയിക്കപ്പെടേണ്ടതാണ് അത് നമ്മളെ ചന്തയുടെ നടുക്കാണ് നമ്മൾ ഇരുത്തിയിരിക്കുന്നത് എങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയാൽ കിട്ടും എന്ന് വിചാരിക്കേണ്ട എന്നിട്ടോ ബ്രഹ്മ ബ്രഹ്മ പറഞ്ഞ പരമമായ ബ്രഹ്മത്തെ നിർദോഷം ദോഷരഹിതമായി സമം ഹി വ്യത്യാസമില്ലാത്തതായിട്ട് അവൻ കാണണം അല്ലെങ്കിൽ അത് സമമാണ് വ്യത്യാസമില്ലാത്തതാണ് അതിൻ അത് അത് ഹേതുവായി തസ്മാ അതുകൊണ്ട് തേ അവർ ബ്രഹ്മണി സ്ഥിതാഹ പരമമായ ആ ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കും ഈ ഒന്നാം നമ്മൾ ധർമ്മക്ഷേത്രേ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷീയതേ ഇതി ക്ഷേത്ര എന്നാണ് നശിക്കുന്നതാണ് ക്ഷേത്രം ക്ഷേത്രത്തിന് എന്തുണ്ട് നാശമുണ്ട് ധർമ്മത്തിന് നാശമുണ്ടോ ഇല്ല നാശമില്ല എന്ന് പറയാം അപ്പൊ നാശമുള്ളത് നാശമില്ലാത്തതുമായിട്ട് ചേർന്ന് നിൽക്കുക നാശമുള്ളതിനെ നാശമില്ലാത്തതുമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ നാശമില്ലാത്തതിന് എന്തുണ്ടാവും നാശമുള്ളതിനും നാശമില്ലായ്മ വരും ഏതുപോലെ എന്നാല് ഇരുമ്പ് നിരന്തരം അഗ്നിയുമായുള്ള സമ്പർക്കം ഹേതുവായി അഗ്നിയുടെ സ്വഭാവത്തെ ഇരുമ്പ് സ്വീകരിക്കുന്നത് പോലെ പിന്നെ ഒരു പീസ് അഗ്നി അതിലങ്ങനെ ഈ കൊല്ലന്റെ ആലയിൽ അങ്ങനെ ഇട്ട് ചൂടാക്കി ചൂടാക്കി അത് ഈ കൽക്കരിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ കിടന്നിട്ട് അതിങ്ങനെ അദ്ദേഹം അങ്ങനെ കറക്കി കറക്കി കറക്കി കറക്കി ആ അഗ്നി കുണ്ടത്തിലേക്ക് അദ്ദേഹം ഈ വെച്ച് അതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറച്ചിടും അപ്പൊ പുതിയതായിട്ടൊരാള് കത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വന്ന ഒരാള് അതിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഇരുമ്പിന്റെ കഷ്ണമൊന്നും കാണില്ല പുതുതായിട്ട് വന്ന ആൾക്ക് കാണാൻ പറ്റില്ല ഇദ്ദേഹം അതിൽ നിരന്തരം ഇതാക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കരിക്കട്ട ഏത് ഇരുമ്പുകട്ട ഏത് എന്നറിയാം അത് അഗ്നി അഗ്നി പോലെ ഉണ്ടാവും അത് പീസ് ഇതുപോലെ എന്താ പറയാ നാശമായിട്ടുള്ള അതിന് ഈ നാശമില്ലാത്തതുമായിട്ട് ചേരുമ്പം അതിന്റെ അതായി തീരും അത് എന്ന് പറയാം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് നമ്മൾ യജ്ഞം കഴിഞ്ഞു പോകുമ്പോൾ ഇവിടെയുള്ള ഒരു ശ്രോതാവ് സ്വാമിയുടെ ഒരു സയൻസ് പറയുകയായിരുന്നു അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മളും അപ്പൊ ആലോചിക്കുകയായിരുന്നത് അതായത് നിങ്ങൾ റെയിൽവേ ട്രാക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ റെയിൽവേ ട്രാക്ക് കണ്ടിട്ടില്ലേ റെയിൽവേ ട്രാക്കില് ഈ റെയിൽപാളം ഇരുമ്പാണ് അതിൽ കുറെ ഉരുക്കിന്റെ അംശമുണ്ട് ഇരുമ്പാണ് ഈ ഇരുമ്പ് ഒരിക്കലും തുരുമ്പ് പിടിക്കുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ റെയിൽപാളത്തിനാരും പെയിന്റ് അടിക്കാറുമില്ല തുരുമ്പ് ആവാതിരിക്കാൻ എന്നാൽ അതേ റെയിൽപാളം കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള റെയിൽ എന്താ റെയിൽവേയുടെ ഗേറ്റും അതുപോലെ സൈൻ ബോർഡുകളും ഉണ്ട് അതൊക്കെ തുരുമ്പ് പിടിച്ചിട്ട് അതങ്ങനെ മുറിഞ്ഞ് എന്താ അങ്ങനെ തുരുമ്പു പിടിച്ച് തുരുമ്പ് പിടിച്ച് അങ്ങനെ പോകുന്നതൊക്കെ കാണാം പക്ഷേ റെയിൽപാളം ഒരിക്കലും തുരുമ്പ് പിടിക്കാറില്ല എന്ന് പറയാം അതിന്റെ കാരണം എന്താണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ റെയിലുകൾ രണ്ട് റെയിലുകൾ തമ്മിൽ യോജിപ്പിക്കുന്നുണ്ട് നെട്ടും ബോൾട്ടൗട്ട് യോജിപ്പിക്കുന്നുണ്ട് അതല്ലാതെ ഈ റെയിലിനെ ഇനി എപ്പോഴെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിൽക്കുമ്പോ ഒന്ന് നോക്കിയാൽ മതി ഒന്ന് ചിലർ കണ്ടിട്ടുണ്ടാവും നമ്മളിത് ബോംബെ എന്നാണ് ശ്രദ്ധിച്ചത് അപ്പൊ വിചാരിച്ചു അത് ഇലക്ട്രിക്കിന്റെ കണക്ഷൻ ഇലക്ട്രിക് ട്രെയിന്റെ ഒരു എർത്ത് ഒരു പാളവും പിന്നെ മോള് ഒരു ഇതും ഉണ്ടല്ലോ അങ്ങനെ രണ്ട് ഇതാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ഇലക്ട്രിക് അല്ലാത്തടത്തും ഉണ്ട് അത് അപ്പൊ റെയിലിനെ ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കമ്പിയെ കയറ്റി അതിനെ അവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേ കാണാം എന്നിട്ട് ആ കമ്പി ഇങ്ങനെ വന്നിട്ട് അടുത്ത ഈ റെയിലിലേക്ക് അതിനെ അതുപോലെ വെൽഡ് ചെയ്ത് അതിനെ പിടിപ്പിച്ചിട്ടുണ്ട് മഗ്നീഷ്യമാണ് അതിനുപയോഗിക്കുന്നത് അത്ര എന്നിട്ട് ഈ ഇതിനെ എന്താ ഭൂമിക്ക് അടിയിലേക്ക് താഴ്ത്തിയിരിക്കുക എപ്പോഴാണോ ഇതിന് തുരുമ്പ് എന്ന പ്രക്രിയ ആ രാസപ്രവർത്തനം അവിടെ ഇല്ലാതെയാക്കണം ന്യൂട്രലൈസ് ചെയ്യുകയാണ് അതിനെ ഒരിക്കലും ആ പ്രവർ ആ അങ്ങനെ ഒരു പ്രവൃത്തി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല എപ്പോഴാണോ ഈ ലിങ്ക് പോകുന്നത് അപ്പൊ അത് തുരുമ്പിക്കാൻ തുടങ്ങും നിങ്ങളിത് വേണമെങ്കിൽ ഈ നമ്മുടെ യാർഡിലേക്കൊക്കെ ഉള്ള റെയിൽ ട്രാക്കിന് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ചില ട്രാക്കുകളൊക്കെ ഉണ്ട് ഇതൊക്കെ തുരുമ്പ് പിടിച്ച് കിടക്കുന്നത് കാണാം വണ്ടി പോകാത്തത് മാത്രമല്ല ഈ ബന്ധം ഇല്ലാത്തതിനൊക്കെ അതുണ്ട് എന്ന് പറയാം അപ്പൊ ഈ ഒരു ബന്ധം സ്ഥാപിക്കൽ ഏതിലാണ് ഈ പറയുന്നത് ബ്രഹ്മണി സ്ഥിത അതിലേക്ക് ഈ കമ്പിയെ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ പിന്നെ അതിലിരുന്നോളൂ എന്ന് പറയാം അതൊരു എർത്തിങ്ങാണ് എവിടെ ബ്രഹ്മത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങനെയാണെങ്കിലോ അവന് പിന്നെ യാതൊന്നും അറിയേണ്ടതില്ല തേ ബ്രഹ്മണി സ്ഥിതാഹ അവർ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു പിന്നെ ഇരുമ്പ് തുരുമ്പ് വരില്ല എന്ന് പറയാം നമ്മൾ തുരുമ്പിക്കില്ല അല്ലെങ്കിലോ നമ്മളിങ്ങനെ തുരുമ്പിച്ചുകൊണ്ടിരിക്കുന്നു എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് ഇറത്തിയിട്ടേ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥാനം ഇത് അവിടെ കൊണ്ടുപോയി അങ്ങോട്ട് എന്താ സോൾഡർ ചെയ്യാന്നൊക്കെ പറയല്ലോ വിടാതിരിക്കണം അങ്ങോട്ട് വെൽഡ് ചെയ്യുക എന്ന് പൊട്ടരുത് എന്ന് പറയാ നോക്കാം തുടർന്ന് സ്ഥിരബുദ്ധി ബ്രഹ്മവിഹൃഷ്യേത് പ്രിയം പ്രാപ്യ ന ഉദ്വിജേ ചിയം സ്ഥിരബുദ്ധി അസംമൂഢ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിത ഇതൊക്കെ ഓർമ്മയിൽ വെച്ചോള എപ്പോഴൊക്കെയാണോ നമ്മൾ ഇതിൽ നിന്ന് ഇളകുന്നത് ഇതിൽ നിന്ന് താഴെ വീഴുന്നത് അതിന്റെ സൂചനകളാണ് എന്തൊക്കെയാണ് സ്ഥിര ബുദ്ധി ബുദ്ധി സ്ഥിരത ഉണ്ടായിരിക്കണം എന്ന് പറയാം എന്താണ് സ്ഥിരബുദ്ധിയുടെ ലക്ഷണം ബ്രഹ്മസത്യം ജഗത്മിത്യ ഇതാണ് സ്ഥിരബുദ്ധി സ്ഥിരബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത് കൂർമ്മബുദ്ധി അല്ലെങ്കിൽ ആ ബുദ്ധി ബുദ്ധി ബുദ്ധി ബുദ്ധിയെ നാല് വിധത്തിൽ പറയാറുണ്ട് മൂന്ന് മന്ദബുദ്ധി എന്ന് പറയും മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളൊന്നും അറിയാത്ത അങ്ങനെ ഉള്ളത് പിന്നെ എന്താ സാമാന്യ ബുദ്ധിയുണ്ട് അതെന്താണ് സ്ഥൂല ബുദ്ധി എന്ന് പറയും രണ്ടാമത്തത് സ്ഥൂലബുദ്ധി എന്ന് പറഞ്ഞാൽ സാമാന്യം കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഒന്ന് തീക്ഷ്ണ ബുദ്ധിയാണ് തീക്ഷ്ണബബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കാം ബുദ്ധിയെ മറ്റു മറ്റുള്ളതിൽ നിന്നൊക്കെ എന്താ അടർത്തി മാറ്റിയിട്ട് വേറെ ഒന്നും അറിയില്ല ഇയാൾക്ക് ഇത് മാത്രമേ അറിയൂ വാനനിരീക്ഷണമാണെങ്കിൽ വാനനിരീക്ഷണം വാഹനര നിരീക്ഷണമാണെങ്കിലും വാനര നിരീക്ഷണം ഏതെങ്കിലും രണ്ടും കൂടെ ഒരുമിച്ചില്ല എന്ന് പറയാം പിന്നെ മന്ദബുദ്ധി സ്ഥൂലബുദ്ധി തീക്ഷ്ണബുദ്ധി സൂക്ഷ്മബുദ്ധി സൂക്ഷ്മബുദ്ധിയെയാണ് സ്ഥിരബുദ്ധി എന്ന് പറയുന്നത് സൂക്ഷ്മബുദ്ധി ഇതിന്റെയൊക്കെ ആധാരത്തെ ദർശിക്കല കാരണം അവൻ അറിയുന്നു ബ്രഹ്മം സത്യ സത്യം ജഗത് മിഥ്യ നാമരൂപാദികൾക്കപ്പുറത്തുള്ള ആ സത്യവസ്തു അതേകമാണ് അതിലാണിതെല്ലാം എന്നറിയുന്നത് അത് ബുദ്ധിയെ സ്ഥിരമാക്കുന്നു അസം അജ്ഞാനം നീങ്ങിയിട്ടുള്ളവൻ അത് ഹേതുവായി തന്നെ അജ്ഞാനവും നീങ്ങിയിട്ടുള്ള ബ്രഹ്മണി സ്ഥിത ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമായ ബ്രഹ്മവി ബ്രഹ്മജ്ഞാനി പ്രിയം പ്രാപ്യ പ്രിയത്തെ പ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടമായതിനെ ഇഷ്ടമായതിനെ പ്രാപ്യ പ്രാപിച്ചിട്ട് കിട്ടുന്നത് കൊണ്ട് ന പ്രഹൃഷ്യേ അവൻ അധികം സന്തോഷിക്കുന്നില്ല സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് നമുക്ക് അനുകൂലമായി നാം പ്രതികരിക്കുന്നതാണ് വസ്തുക്കളോട് വിഷയങ്ങളോട് അങ്ങനെ അനുകൂല പ്രതികരണം ഇല്ലാത്തവൻ ഒന്ന് സ്വാഭാവികമായിട്ടും അപ്രിയം പ്രാപ്യ ന ഉദ്വിജേത് ച അപ്രിയത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവനിൽ ഉദ്വേഗം വിഷാദവും ഈ ദ്വന്ദ്ങ്ങൾ അവനിൽ ഉണ്ടാകുന്നില്ല എന്ന് പറയാം അപ്പൊ വിപരീതങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലോ അതിനും കാരണമായിട്ട് പറയുന്നത് എന്താ ഇതാണ് ഇവിടെയൊക്കെ നമ്മള് ഭക്തരായിട്ടുള്ള നമ്മള് വീണ്ടും ആലോചിക്കേണ്ടതുണ്ട് എന്താണ് ഞാൻ ഈ ആളുകള് ഈ മുക്തി മോചനം എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ ഈ എന്താ പറയാ പെൻഷൻ പോലെയാണ് ഭഗവാനോട് ആവശ്യപ്പെടുന്നത് കുറച്ചു കാലം ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് എന്ത് ജോലി അങ്ങേ പൂജിച്ചിട്ടുണ്ട് സഹസ്രനാമം ജവിച്ചിട്ടുണ്ട് ഭഗവാനെ ഇത്ര ഇത്ര കാലമൊക്കെ ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഇനി ഞങ്ങൾക്ക് പെൻഷൻ പോലെ ഈ അതാണല്ലോ ഈ അവസാന കാലത്ത് റിട്ടയർ ആവുമ്പോഴാണല്ലോ ഈ പെൻഷൻ കിട്ടുക അവർ പെൻഷൻ പോലെ ആവശ്യപ്പെടുന്നു ഭഗവാനോട് എന്ത് മുക്തി മോചനം അതല്ല ഇത് അങ്ങനെ കിട്ടേണ്ടതല്ല എന്ന് പറയാ അതോ ഇതാ ഇതാണ് മോചനം ഏത് പ്രിയമാകട്ടെ അപ്രിയമാകട്ടെ അവൻ ന ഉദ്വിജത അവൻ അവനിൽ വിഷാദമോ ഉദ്വേഗമോ ഉണ്ടാകുന്നില്ല തുടർ ഈ ഒരു ലക്ഷണത്തെയാണ് ഇനി എന്താ ബ്രഹ്മജ്ഞാനിയുടെ ലക്ഷണത്തെ ഭഗവാൻ അവതരിപ്പിക്കുക തുടർന്നുള്ള ശ്ലോകങ്ങളിലെല്ലാം നോക്കാം बाह्य स्पर्शेसुख बाह्यशु असक्तांदती आत्मनि युम स ब्रह्मयोगयुक्ता सुखम अक्षय अश्नुते ാഹ്യ സ്പർശേഷു ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറമെയുള്ള സ്പർശേഷു ഇന്ദ്രിയ വിഷയങ്ങള് ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ ആസക്താത്മ അവനെന്താണ് ആസക്തിയില്ലാത്തവനാണ് എന്ന് പറയുക വളരെ പ്രധാനപ്പെട്ടതാണ് ബാഹ്യമായ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തനല്ല എന്നാൽ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്നുണ്ട് അത് മനസ്സിലാക്കണം ഞാനിയെക്കുറിച്ച് പറയുമ്പം വേറൊരാളുടെ വേറൊരു സ്ഥലത്തേക്ക് മനസ്സ് പോകരുത് എന്ന് പറയാം എപ്പോഴും സ്വാമിക്ക് പറയാനുള്ളത് അതാ കാരണം ഇത് നമ്മളെ കുറിച്ചാണ് നമുക്കായി തീരേണ്ടതാണ് അതിലൊരു സംശയവും വേണ്ട അങ്ങനെ ഒരു സംശയത്തോടുകൂടി നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളൊക്കെ ഇതിനെ അധികാരികളാണ് അതെപ്പോഴും ഓർമ്മ വേണം അപ്പൊ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന സമയത്ത് അയ്യോ നടപ്പില്ല സ്വാമി ഇതെന്തൊക്കെ പറ്റും തോന്നണില്ല അങ്ങനെ കരുതാതിരിക്കും സാധ്യമാണ് സാധിക്കാത്തതല്ല വളരെ എളുപ്പമാണ് എവിടെയോ എന്തോ ഒരു കൊളുത്തുണ്ട് അതൊന്നും നീങ്ങി കിട്ടിയാൽ മതി അതെപ്പോഴാണ് നീങ്ങാൻ എന്നറിയില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഒരിക്കലും മനസ്സിൽ ഇത് തോന്നാതിരിക്കട്ടെ ഒരു ദിവസമാണ് നിങ്ങൾ വന്നത് ആ ഒരു ദിവസം മതി അപ്പൊ എന്ത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതും പറയുന്നതും തമ്മിൽ പൊരുത്തുണ്ടോ നോക്കണം കാര്യങ്ങൾ വളരെ എളുപ്പമാണോ ടെക്നിക്ക് വളരെ എളുപ്പമാണ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വാക്കുകളും തമ്മിൽ ചേർച്ചയുണ്ടോ മനോമേ വാജിപ്രതിഷ്ഠിതം വാങ്മേ മനസ്സി പ്രതിഷ്ഠിതം എന്ന് ഉപനിഷത്തിൽ പറയും വാക്കില് മനസ്സും മനസ്സിൽ വാക്കും തിരിച്ചും മറിച്ച് ഇവിടെ ഈ ജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനിയെക്കുറിച്ച് പറയുമ്പം ഇങ്ങനെയാണ് വരുന്നത് ബാഹ്യസ്പർശേഷു പുറമെയുള്ള ഇന്ദ്രിയ വിഷയങ്ങൾ അതിൻ്റെ വ്യാപാരങ്ങൾ അതിലൊക്കെ അസക്താത്മ ആസക്തി ഇല്ലാത്തവൻ എന്ന് പറയുമ്പോ ഇത് വളരെ പ്രധാനമാണ് തന്റെ ആഗ്രഹങ്ങൾ അവിടെ ചിലതിനെയൊക്കെ നുള്ളേണ്ടതുണ്ട് എന്ന് പറയാം നുള്ള എന്ന് അതിനുവേണ്ടി ബലം കൊടുക്കുമെന്നും വേണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ പോയിക്കോളൂ അത് എന്നിട്ടോ ആത്മനി യത് സുഖം വിന്തതി ആത്മനി തന്നിൽ തന്നെ ആത്മാവില് ഏത് സുഖം യാതൊരു സുഖത്തെയാണ് വിന്തതി അറിയുന്നത് അനുഭവിക്കുന്നത് മുല്ലയുടെ ഒരു കഥയുണ്ട് കേട്ടിട്ടുണ്ടാവും മുല്ലയെ സംബന്ധിക്കുന്നതാണ് പക്ഷെ പല വിധത്തിലത് പറയാറുണ്ട് കടത്തുകാൻ കടത്തുകാരനായിരുന്ന മുല്ല മുല്ലയുടെ തോണിയിലേക്ക് മൂന്ന് പേര് വരും അങ്ങനെ മൂന്ന് പേരെയായിട്ട് തോണി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ ഒന്നാമൻ ചോദിക്കും മുല്ലയോട് മുല്ല പിന്നെ നിങ്ങൾക്ക് ബയോളജി അറിയുമെന്ന് അപ്പൊ മുല്ല പറയും അറിയില്ല എന്ന് എന്നാ നിങ്ങളുടെ കാര്യം പോക്കാം ജീവിതത്തിന്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറയാ അടുത്ത ആൾ ചോദിക്കും സുവോളജി അറിയുമെന്ന് മുല്ല പറയും അറിയില്ല അതിന്റെ അടുത്ത ആൾ ചോദിക്കും സൈക്കോളജി അറിയുമെന്ന് അതും അറിയില്ല അപ്പൊ ഓരോരുത്തരും ഇരുപത്തഞ്ച് ശതമാനം മുല്ലയോട് പറഞ്ഞു നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ഇപ്പൊ മുല്ലയ്ക്ക് എഴുപത്തഞ്ച് നഷ്ടപ്പെട്ടിരിക്കുക ഇനി ഇരുപത്തഞ്ചായിരുന്നു കുറച്ച് നടുവിലെത്തിയപ്പം മുല്ല ചോദിച്ചു നിങ്ങൾക്ക് മൂന്ന് പേർക്ക് നീന്തോളജി അറിയുമോ മൂന്ന് പേർക്കും അറിയില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞു നിങ്ങളുടെ മുഴുവൻ ഇതാ പോകുന്നു അത് വളരെ രസകരമായിട്ടുള്ള ഒരു തമാശയാണെങ്കിലും അതായത് മതപണ്ഡിതൻ അല്ലെങ്കിൽ ഈ മത മത മതപണ്ഡിതൻ പറയുമ്പം ഈ മതം ഈ വിഷയം ഒരു പാണ്ഡിത്യ ഒരു തല തലക്കനമുണ്ടാക്കിയിരിക്കുന്നവൻ അതിൻ്റെ ഓളങ്ങളിൽ മുങ്ങിച്ചാവുന്ന സമയത്തുണ്ടല്ലോ അതിനെ ജീവിതമാക്കിയവൻ അതിൽ നിന്ന് കരകയറണം അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് സ്വാമി അപേക്ഷിക്കുന്നത് എന്താണ് ഇതിൽ ഇത് ഇതിൽ നമ്മൾ അങ്ങനെ നിലനിൽക്കണം എന്ന് പറയുക തലയിലേക്ക് കയറ്റാനുള്ളതല്ല മറ്റവൻ അതിലങ്ങനെ മുങ്ങി മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുക നമുക്കോ നമ്മള് കരാ കയറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം അതിനെ സ്വാത്മാവില് സാക്ഷാത്കരിക്കേണ്ടതുണ്ട് അത് സാക്ഷാത്കരിക്കുന്നതിനെ ഇവിടെ പറയുന്നത് യത് സുഖം ആത്മനി വിന്തതി ആത്മാവിൽ തന്നിൽ തന്നെ അതിനെ അനുഭവിക്കുന്നത് ോഗയുക്താത്മാ യോഗം കൊണ്ട് ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിച്ചിട്ടുള്ള ഏകത അവൻ സഹ അവൻ അക്ഷയം മരണമില്ലാത്ത ക്ഷയമില്ലാത്ത സുഖം അശ്നുതെ സുഖത്തെ പ്രാപിക്കുന്നു മരണമില്ല എന്ന് പറയാം മരണത്തെ ജയിക്കി മരണത്തെ ജയിക്കുന്നവനാ മരണത്തെ ജയിക്കാൻ എന്താ പവർഗങ്ങളെ ജയിക്കണം എന്ന് പറയും പവർഗത്തിന് അതീതനാവണം എന്ന് പറയും എന്താണ് അത്രേ പവർഗം കേട്ടിട്ടില്ലേ പവർഗം കവർഗം ടവർഗം തവർഗം ഏ ഭാഷയില് പവർഗത്തിൽ എന്തൊക്കെയുണ്ട് പായോ ആ ഭ എന്ന് പറഞ്ഞാൽ എന്താണ് അത്ര പാപം ലം എന്നെയോ ഭന്ധനം ഭയം അനന്തരം മാ മരണം പവർഗങ്ങൾ നീങ്ങേണ്ടതുണ്ട് പവർഗത്തെ ജയിച്ചവനാണ് അവൻ ആര് ജ്ഞാനി അതുകൊണ്ടവൻ അക്ഷയം സുഖം അശ്നുതേ മറ്റേതിലൊക്കെ ക്ഷയമുണ്ട് ഇതിലൊക്കെ ഇരിക്കുന്നു ക്ഷയം അക്ഷയം ക്ഷയമില്ലാത്ത ഒരിക്കലും നശിക്കാത്ത സുഖം എന്നിവിടെ പറയുമ്പം ആനന്ദം സംസ്കൃതത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നാണ് മലയാളത്തിലെ സുഖമല്ല മലയാളത്തിലെ സുഖം ഇന്ദ്രിയാധിഷ്ഠിതമാണ് ഇവിടെ സുഖം ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് അനുഭവം സ്വരൂപം എന്നൊക്കെ അമീൻ സ്വരൂപത്തെ അനുഭവിക്കുന്നു തുടർന്ന് एवते रमते बुधः। शजा भोगा दुखयोन आद्यवंद हे कौंदेय नु रमते बुधः न रमते बुदन ज्ञानी രമിക്കുന്നില്ല എന്തിലൊക്കെ ഹേ കൗന്ദേയ അല്ലയോ കുന്തിപുത്ര അർജുന സംസ്പർശാഹ ഭോഗാഹ സംസ്പർശാഹ വിഷയജാതങ്ങളായ വിഷയങ്ങളിൽ നിന്ന് ജനിച്ചതായ ഉദ്ഭവിച്ചതായ ഭോഗാഹ സുഖാനുഭവങ്ങൾ അതൊക്കെ ഏതൊക്കെയാണോ തേ അതെല്ലാം തന്നെ ദുഃഖയോനയഹ ുഃഖത്തിന്റെ യോനിയാണ് ഉറവിടമാണ് ദുഃഖത്തിന്റെ ഉദ്ഭവം കേന്ദ്രങ്ങളാണ് ഏത് ഈ വിഷയങ്ങളിൽ വിഷയങ്ങളൊക്കെ തന്നെ എല്ലാം എല്ലാറ്റിൽ നിന്നും ദുഃഖങ്ങളെ കിട്ടുള്ളൂ മകൻ വേണം എന്ന് പറഞ്ഞു അതിൽ നിന്നും ദുഃഖമാണ് കിട്ടിയത് മകള് വേണം എന്ന് പറഞ്ഞു അതിൽ നിന്ന് എല്ലാ എല്ലായിടത്തു ഉണ്ട് ഇത് കിട്ടാനുണ്ട് ഇതല്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയവരുണ്ടെങ്കിൽ ഭാഗ്യവാന്മാർ അതുകൊണ്ട് േ അതെല്ലാം തേ അവ ദുഃഖയോനയഹ ദുഃഖത്തിന്റെ കാരണങ്ങളാണ് ഹി എന്തുകൊണ്ടെന്നാല് തേ അതെല്ലാം ആദ്യന്തവന്ത അതിന് ആദിയും അന്തവുണ്ട് അതിനൊരു തുടക്കവും ഒടുക്കവും ഉണ്ട് അതാണ് ഈ കുഴപ്പം തുടക്കവും ഒടുക്കവും ഉള്ളതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത് എന്താണ് ദുഃഖം ദുഃഖമല്ലാത്ത വേറെ ഒന്നും വേറെ ഒന്നിനെയും അതിന് നമുക്ക് പ്രദാനം ചെയ്യാൻ സാധ്യമല്ലെന്ന് തേശു തേശു എന്ന് പറഞ്ഞ അതിൽ അതുകൊണ്ട് ഈ അടുത്ത വരിയാണ് ശ്രദ്ധിക്കേണ്ടത് തേഷു അതിൽ അപ്പൊ അത് വേണ്ട എന്നല്ല അതില് ബുധഹ ബുധഹ എന്ന് പറഞ്ഞ ജ്ഞാനി അറിവുള്ളവൻ സത്യം ഗ്രഹിച്ചവൻ ന രമതെ രമിക്കുന്നില്ല ഇത്രയും ചെയ്താൽ മതി തുടക്കവും ഒടുക്കവും ഉള്ളതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത് എന്താണ് ദുഃഖം ദുഃഖമല്ലാത്ത വേറെ ഒന്നും വേറെ ഒന്നിനെയും അതിന് നമുക്ക് പ്രദാനം ചെയ്യാൻ സാധ്യമല്ല തേഷു തേഷു എന്ന് പറഞ്ഞാൽ അതിൽ അതുകൊണ്ട് ഈ അടുത്ത വരിയാണ് ശ്രദ്ധിക്കേണ്ടത് തേഷു അതിൽ അപ്പൊ അത് വേണ്ട എന്നല്ല അതില് ബുധഹ ബുധഹ എന്ന് പറഞ്ഞാൽ ജ്ഞാനി അറിവുള്ളവൻ സത്യം ഗ്രഹിച്ചവൻ ന രമതെ ബുധൻ അവന് രമിക്കുന്നില്ല കാരണം അവൻ ജ്ഞാനിയാണ് ഈ അറിവുണ്ടെങ്കിൽ വലിയൊരു സമാധാനം കേട്ടോ ഏതൊന്നും രക്ഷപ്പെടാം ഈ ഒരാള് ഒരു ബാങ്കിൽ ബാങ്കിലേക്ക് കടന്നു കയറിയിട്ട് ബാങ്ക് മാനേജറെ തോക്ക് ചൂണ്ടി എന്നിട്ട് എടുക്കാൻ പറഞ്ഞു കാശി ബാങ്ക് മാനേജർ വളരെ സമർത്ഥനായിരുന്നു ബാങ്ക് മാനേജർ പറഞ്ഞു നിങ്ങളൊരു ലോൺ അപ്ലൈ ചെയ്യുന്നേ ഞാൻ നമുക്ക് ലോണ് തരാം എത്ര ലക്ഷ വേണ്ട എന്ന് പറഞ്ഞ ഞാൻ ലോണ് തരാ എന്ന് പറഞ്ഞ വളരെ ആ ഫോം എടുത്തു കൊടുത്തു നാരണം ഇന്ന് ലോൺ കൊടുക്കാൻ അവര് ഓടി നടക്കുകയാണ് ആളുകളെ കിട്ടാൻ പറ്റില്ല അപ്പൊ ഈ തോക്കൊക്കെ ചൂണ്ടി വെറുതെ ഈ അനാവശ്യമായിട്ട് ബാങ്കിൽ വന്നിട്ട് ഇങ്ങനെ അപ്പം അവര് എന്താ തേശുബുധരമത്തെ ബുധന്മാർ രക്ഷപ്പെടും എവിടെയാണെങ്കിലും അവര് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും അല്ലാത്തവരോ അല്ലാത്തവരാണോ അല്ലാത്തവർക്കാണ് ബന്ധനം ഉണ്ടാക്കുന്നത് അത് പുത്രനാണെങ്കിലും പുത്രിയാണെങ്കിലും പിതാവാണെങ്കിലും മാതാവാണെങ്കിലും സുഹൃത്താണെങ്കിലും എല്ലാം അതുകൊണ്ട് ഇത് തിരിച്ചറിയുക ഇതാണ് പ്രകാശത്തിന്റെ വഴി ഈ വഴിയിലൂടെ നടന്നു നീങ്ങാൻ ഇതാണ് ഋഷിയുടെ ഈ നമുക്ക് ഇത് കേട്ടു കേട്ടിട്ട് ഇത് കേട്ട് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇത് കേൾ ഇത് കേട്ടിട്ടില്ല നമ്മൾ കേട്ടിട്ടുള്ളത് മുഴുവൻ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് ആരുടെ രാഷ്ട്രീയക്കാരുടെ സ്വാമി അവരെ കുറ്റം പറയല്ല പക്ഷെ നമ്മളേറെ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മൾ ദിവസവും വായിക്കുന്നത് ഋഷി വചനങ്ങളൊന്നുമല്ല പിന്നെയോ ഇത്തരം പൊള്ളയായ ഇത്തരം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വാക്കുകളാണ് അതുകൊണ്ട് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ഋഷി വചനങ്ങൾ കാതോർക്കുന്നത് ആ സമയത്ത് അത് ദഹിക്കില്ല ചിലപ്പോൾ മറ്റെല്ലാം നമ്മളിങ്ങനെ മോഹാലസ്യപ്പെട്ടിരിക്കുക നാളെ കിട്ടും ഇന്ന് കിട്ടും മറ്റന്നാൾ ഇത് ശരിയാവും എന്നൊക്കെ കരുതിയിട്ട് ഇതൊരിക്കലും ശരിയാവില്ല അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയക്കാരനാവാൻ എന്താണ് അച്ഛ യോഗ്യത എന്ന് ചോദിച്ചപ്പം അച്ഛൻ മകനോട് പറഞ്ഞു കൊടുത്തു മോനെ എന്താ പറയുക നാളെയെക്കുറിച്ചൊക്കെ പറയാൻ നിനക്ക് സാധിക്കണം എന്നിട്ട് മറ്റന്നാൾ നീ അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ചും പറയണം ഇങ്ങനെ പലതും പറയാനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ നീ നല്ലൊരു നേതാവുമെന്ന് പറയാ വിവേകത്തെ വളരാൻ അനുവദിക്കുക എന്ന് പറയാം എന്നിട്ടോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് ഭഗവാൻ തുടർന്ന് പറയുന്നുമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖീന ശക്നോതി ഇഹ ഏവ യഹ സോടും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖി സ നരഹ നരഹ യഹ നരഹ യാതൊരു നരനാണോ നരൻ എന്ന് നമ്മളെ പറയുന്നത് നേതൃഗുണം ഉള്ളവൻ എന്നുള്ളതുകൊണ്ടാണ് നരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നയിക്കാൻ കഴിവുണ്ട് നമ്മളെ സൃഷ്ടിച്ചവേ അങ്ങനെയാണ് എന്ന് പറയാം അങ്ങനെയുള്ള യഹ നരഹ യാതൊരു മനുഷ്യൻ ശരീരവിമോക്ഷണാത് ശരീരമോചനത്തിന് മുൻപ് ശരീര വിമോക്ഷണാ പ്രാക് മുൻപ് എന്ന് പറഞ്ഞാൽ മരണത്തിന് മുൻപ് തന്നെയാണ് ശരീരത്തെ ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഇഹ വീണ്ടും ഇവിടെ ഇഹ എന്ന് ഇവിടെ ഈ ജന്മത്ത് ഈ ചുറ്റുപാടിൽ എന്നൊക്കെ എടുത്തുകൊള്ളണം കാമക്രോധ സമുഭവം കാമക്രോധങ്ങളിൽ നിന്ന് സമുഭവം ഉദ്ഭവിച്ചിട്ടുള്ള വേഗം വേഗത്തെ മനക്ഷോഭത്തെ വേഗം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ചണ്ടവേഗൻ എന്നൊക്കെ നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ട് പഠിക്കുമല്ലോ അത് വേഗത്തെ എന്തുവേണം സോടും സോടും എന്ന് പറഞ്ഞാൽ അടക്കാൻ സഹിക്കാൻ ശക്നോതി ശക്തനാകുന്നു കഴിവുള്ളവനാകുന്നു ആകുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറയുമ്പം നമ്മൾ ആകണം എന്നാണ് നമ്മളെ സംബന്ധിച്ചിത് പ്രതിജ്ഞയാണ് ആണ് ഒന്ന് അറിഞ്ഞാൽ മതി നമുക്ക് എന്തൊക്കെ എന്തൊക്കെ നമ്മൾ സഹിച്ചിട്ടുണ്ട് ഇല്ലേ ഇത്രയോ സഹിച്ചിട്ടുണ്ട് എന്ന് പറയാം അപ്പൊ നമ്മൾ അതിന് എന്താ കഴിവുള്ളവരാണ് അങ്ങനെയുള്ള അവൻ സ അവൻ യുക്ത യുക്തനാണ് ഇന്ന് നമുക്ക് സഹിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രണ്ടുമുണ്ട് സഹിക്കാനും പറ്റും എന്താ സഹിക്കാതെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ആള് നഷ്ടപ്പെട്ടു എന്ന് പരാതിയൊന്നുമില്ല പോലീസിൽ നഷ്ടപ്പെട്ടു പോയ പരാതി കൊടുക്കണ്ടേ പക്ഷെ ഇയാൾ വലിയ ശല്യക്കാരനായിരുന്നു അതുകൊണ്ട് ആരും ഒന്നും ഒന്നും പറഞ്ഞില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോ തട്ടിക്കൊണ്ടുപോയവര് ഈ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒരു ലക്ഷം രൂപ തന്നിട്ടില്ലെങ്കിൽ ഇയാൾ അവിടെ തിരിച്ചു കൊണ്ടാക്കുന്നു തട്ടിക്കൊണ്ടുപോലൊക്കെ പല വിധത്തില കൊല്ലും എന്നല്ല പറയുന്നത് ഇയാൾ അവിടെ കൊണ്ടാക്കും അവര് രണ്ടു ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞു എന്നാണ് കഥ കാരണം ചിലപ്പോ ചിലരൊക്കെ പറയണു ഓ ഈ അച്ഛനെയൊന്നും ആരും തട്ടിക്കൊണ്ടുപോകണില്ലല്ലോ സോടും ശക്നൂതി സഹിക്കാൻ കഴിവുള്ളവനായി തീരുന്നു എല്ലാറ്റിനെയും എന്തുകൊണ്ടെന്നാൽ തന്റെ അപാരമായ ജ്ഞാനത്താൽ അതാണ് അവിടെ തൻ്റെ അപാരമായിട്ടുള്ള ജ്ഞാനം കൊണ്ട് താൻ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു തന്നെ നിയന്ത്രിക്കുന്നു മറ്റുള്ളതിൻ്റെ വരവും പോക്കിനെയും ഒക്കെ താൻ നിശ്ചലമായി അതിനെയൊക്കെ കാണുന്നു സ യുക്ത അവൻ ആത്മ ഐക്യം പ്രാപിച്ച യുക്തനാണ് യോഗിയാണ് സ്ഥിരചിത്തനാണെന്ന് പറയാ സ സുഖി അവനാണ് സുഖിമാൻ അവനെ കുറിച്ചാണ് ശങ്കരാചാര്യ സ്വാമികൾ യതി പഞ്ചകം അല്ലെങ്കിൽ കൗബീന പഞ്ചകം എന്ന് പറഞ്ഞിട്ടൊരു കൗപീനവന്ത കലുഭാഗ്യവന്ത വാ അവനെ പോലെ എന്ത് ആരാ ഇവനല്ലാതെ ഇവനല്ലേ ഭാഗ്യവാൻ അവനെങ്ങനെ നടക്കണു എന്ന് പറയാ ഒരു വെറൊരു കൗബീന മാത്രമേ ഉള്ളൂ ഭാഗ്യവന്ത ഭാഗ്യവാൻ കാരണം എന്താ സുഖിമാൻ അവനിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല നമ്മളൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ എടുത്തു വയ്ക്കുമ്പം തിരുമേനി ഒരിക്കൽ ട്രെയിനിലേക്ക് കയറിയ വലിയ പെട്ടി എടുത്തുകൊണ്ട് തലയിൽ വെച്ചിട്ട് അപ്പൊ തിരുമേനിയുടെ ആളുകൾ കഴിച്ചു തിരുമേനി ഈ പെട്ടി തലയിൽ വെച്ചിരിക്കുന്നത് അപ്പൊ തിരുമേനി പറഞ്ഞു പാവം മണ്ടി നമ്മളെയൊക്കെ ചമക്കുന്നുവല്ലോ അതുകൊണ്ട് ഞാനൊരു സഹായം ചെയ്തതാണ് തിരുമേനി വലിയ ജ്ഞാനിയാണ് ഏതായാലും നിങ്ങളൊക്കെ ചുമക്കുന്നതിനേക്കാൾ ഭാരം ഇതിനുണ്ട് എന്ന് തോന്നില്ല നിങ്ങളുടെയൊക്കെ ശിരസിൽ പെട്ടി രൂപത്തിൽ ഭാരമൊന്നുമില്ലെങ്കിലും ഞാൻ കാണുന്നു നിങ്ങളൊക്കെ ഒരുപാട് ഭാരം ചുമക്കുന്നവരാണ് എന്ന് നിങ്ങളെന്തിനാ അനാവശ്യമായിട്ട് ഞാൻ ചെയ്യുന്നതല്ലേ നിങ്ങളും ചെയ്യുന്നത് അതായത് തിരുമേനി എന്താണോ ചെയ്തത് ഇവർക്ക് അബദ്ധമായി തോന്നിയത് അത് തന്നെയാണ് നമ്മളും ചുമന്നുകൊണ്ട് നടക്കുന്നത് നമ്മളിത് ചുമക്കേണ്ടവരല്ല പക്ഷെ നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക ഇതാ മാർച്ചിൽ എന്താവും കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും ഇത് ചുമന്നുകൊണ്ട് പത്താം ക്ലാസ്സിലെ ആർക്കൊക്കെ കുട്ടികളുണ്ടോ അവരുടെ അച്ഛനോ അമ്മയോ ഒക്കെ ഇങ്ങനെ നടക്കുക കുട്ടികളെക്കാൾ തലക്കാൻ അവർക്കാണെന്ന് പറയും വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ അച്ഛനമ്മമാര് ഇതും ചുമന്നുകൊണ്ട് നടക്കുക അവർ പറയുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട എന്നില്ലേ നമ്മൾ ഇടപെടുന്നു ദിവസവും ഹോംവർക്ക് തെറ്റിക്കുന്ന കുട്ടി ഒരു ദിവസം പോലും ശരിയാക്കുന്നില്ലേകൻ ടീച്ചർക്കും അടുത്തും അവനെ കൊണ്ട് അവനും മതിയായി എന്ന് പറയാം അവസാനം കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഇവനെല്ലാം ശരിയാക്കാൻ തുടങ്ങി ഹോംവർക്ക് അപ്പൊ ടീച്ചർക്ക് വളരെ ഒരു കൗതുകം തോന്നി ടീച്ചർ ചോദിച്ചു എന്താ ഇപ്പൊ ഈയിടെ ആയിട്ട് ഹോംവർക്ക് എല്ലാം കീറി കൃത്യമാണല്ലോ എന്താ കാര്യം അപ്പൊ പറഞ്ഞു ഇപ്പൊ ഞാനൊട്ടയ്ക്കാ ചെയ്യുന്നു അപ്പൊ മുൻപ് മുൻപ് അച്ഛൻ സഹായിക്കുമായിരുന്നു അച്ഛന്റെ സഹായം നിർത്തിയതോടുകൂടി ഇവന്റെ കണക്ക് ശരിയായി എന്ന് പറയും ശക്നോതി അവൻ എല്ലാറ്റിനെയും സഹിക്കാൻ തയ്യാറാവുന്നു തുടർന്നു ब्रह्म ब्रह्म निर्वाणम यहा यहांसुख आत्मा तदा अंतर्ज्योति यहाण ब्रह्मूद अदुुवन विंडु यादुरव अंदसुख തന്നിൽ തന്നെ സുഖം കണ്ടെത്തിയിട്ടുള്ള സോ ആത്മാവില് സുഖത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ളവൻ ഇതരങ്ങളായിട്ടുള്ള ഒന്നും നമുക്ക് സുഖം തരുന്നത് അല്ല എന്ന് പറയാം ഒന്നും നാം അനുവദിക്കുന്നില്ല എങ്കിൽ സുഖം തരാൻ സാധ്യമല്ല നന്നായി ഓർത്തോളുക അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അന്തരാരാമഹ ആത്മാരാമഹ എന്ന് പറയാം അന്തരാത്മാവിൽ സന്തോഷിക്കുന്നവൻ തഥാ അപ്രകാരം യഹ യാതൊരുവനാണോ അന്തജ്യോതി അന്തർജ്യോതി ആത്മാവിൽ ആത്മാവിലെ ആ പ്രകാശത്തെ അനുഭവിക്കുന്നവൻ ആചാര്യസ്വാമികൾ പറയും അന്തഃജ്യോതി ബഹിജ്യോതി പ്രത്യക്ജ്യോതി പരാത്പരഹ ജ്യോതിജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം എല്ലാം എന്താ പറയുക പുറത്തും ജ്യോതി അകത്തും ജ്യോതി എല്ലാം ജ്യോതി സർവം ശിവമയം അങ്ങനെ യഹ അന്തർ അന്തർജ്യോതി ഏവ അവൻ ആത്മാവിൽ പ്രകാശമുള്ള അവൻ സ യോഗി അവൻ യോഗിയാണ് ബ്രഹ്മഭൂത അവൻ ബ്രഹ്മമായി ഭവിച്ച് ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ നിർവ്വാണം എന്ന് പറഞ്ഞാൽ മോക്ഷം മോക്ഷത്തെ അധിക ചതി പ്രാപിക്കുന്നു എന്ന് അവനാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത് അപ്പൊ ആരെയും മോക്ഷത്തെ പ്രാപിക്കുന്നത് എന്താ ഈ മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ തലയുടെ മുകളിലൂടെ എന്തെങ്കിലും ജീവൻ പോകുന്നതാണോ അല്ല എന്ന് പറയാം എന്താ ശീതളിമ ആരാണോ അനുഭവിക്കുന്നത് താൻ തന്നെ തനിക്ക് ഹൃദ്യമാകുന്നത് താൻ തന്നെ തൻ്റെ സുഹൃത്തായിട്ടിരിക്കുന്നത് തനിക്ക് ഇതരമായിട്ടുള്ള ഒന്നിൻ്റെയും ആവശ്യമില്ല ഒന്നിൻ്റെയും ഇപ്പൊ ഭാര്യയും കുട്ടികളുമൊക്കെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം ഇങ്ങനെ താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വികാരങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ നിങ്ങളറിയാം ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടാവുന്ന സമയത്തത് അയ്യോ ഇപ്പം ഞാൻ എന്താ ഞാൻ അതപ്പതിച്ചു പോയോ അല്ലെങ്കിൽ ഞാനിങ്ങനെയുള്ള അത് അങ്ങനെയൊന്നും വിഷമിക്കേണ്ട തൽക്കാലത്തിൽ വിഷമിച്ചോളൂ പക്ഷെ ഉടനെ അറിഞ്ഞേക്കണം ഇതൊന്നും ഇതൊന്നും ശാശ്വതമല്ല ഇങ്ങനെയുള്ള ചാൻസാണ് ഇടയ്ക്ക് അവരൊക്കെ വീട്ടിൽ വിട്ടു നിൽക്കുമ്പം നമുക്കും കിട്ടുന്ന ഒരു നല്ല ചാൻസാണ് എന്ത് ഞാൻ ഏകനാണ് അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് സുഖം തരാൻ പോകുന്നതല്ല ഇത് തിരിച്ചും നിങ്ങൾ അറിഞ്ഞോളൂ ഇടയ്ക്ക് ടൂറിന് പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് കിട്ടുമല്ലോ സമയം നല്ലത് തന്നെ നമുക്ക് നമ്മളായിട്ടിരിക്കാൻ അപ്പൊ ഒന്നിനെയും ആശ്രയിക്കാതെ അന്തസുഖ അന്തരാരാമഹ അന്തജ്യോതി ഇതൊക്കെ ഉള്ളിൽ നിന്ന് ജ്വലിക്കേണ്ടതാണ് ഉള്ളിൽ നാം കണ്ടെത്തേണ്ടതാണ് നമ്മൾ അവനാണ് ബ്രഹ്മനിർവ്വാണത്തെ മോക്ഷത്തെ അനുഭവിക്കുന്നത് അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിൽ തന്നെ താൻ ആനന്ദം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മനിർവ്വാണമായി മോക്ഷമായി അതുകൊണ്ടവന് ഒന്നിൻ്റെയും പിറകെ ഓടണ്ടെന്ന് പറയുക അത് കിട്ടാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓടേണ്ടി വരുന്നത് പല പലതിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഓട്ടം നിർത്തും എന്നിട്ടോ ഒന്ന് നിൽക്കും ഇതൊരു മസുലി പിടിച്ച് സാക്ഷാത്കരിക്കേണ്ടത് അല്ല ഇപ്പൊ പറ്റോ സാധിക്കോ നമുക്ക് എന്താ ഒരു മിലി മിലിറ്ററിയിലൊക്കെ ഉണ്ടല്ലോ അവരോട് പറയാം ഒരു പട്ടാളച്ചിട്ടിയൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയാം നമുക്ക് കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് കുട്ടികളെ അങ്ങോട്ട് അറ്റൻഷൻ ഓ കവിത ലിക്കോ കവിത എഴുതിക്കോളെ നടക്കുമോ ഇല്ല അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് കവിത അങ്ങോട്ട് എഴുതാൻ പറഞ്ഞ കവിത എങ്ങനെയാണ് വരിക കവിത വരുന്നത് പോലെയൊക്കെയാണെങ്കിൽ ഇത് അങ്ങനെ മസിൽ പിടിച്ചാൽ നടക്കില്ല എന്ന് പറയാ ഈ അന്ധജ്യോതി കിട്ടണമെങ്കില് മനസ്സിലൊക്കെ ഒന്ന് ആയണം പ്രശ്നങ്ങളെയൊക്കെ വരുമ്പം ഒന്ന് സാവകാശം വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ ഒന്നുള്ളിലേക്ക് നോക്കുക പറയും തുടർന്ന് ഭഗവാൻ പറയുന്നത് ആ സൂത്രങ്ങളൊക്കെയാണ് എങ്ങനെയാണ് അതിനെ കൈവരിക്കേണ്ടത്മാനഹ ലഭന്തി ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണ കന്മഷാ ചിഹ്നദ്വൈത യഥാത്മാന സർവഭൂത ഹിതേരഥ സർവഭൂതഹിതേരഥ ഭഗവത്ഗീതയിൽ ആവർത്തിച്ചു വരുന്ന ഒരു ശബ്ദമാണ് സർവഭൂത ഹിതേരഥ ക്ഷീണകന്മഷാ ക്ഷീണം ക്ഷയിച്ചിട്ടുള്ള കന്മഷം പാപം തെറ്റിദ്ധാരണകൾ നീങ്ങിയിട്ടുള്ള ചിഹ്ന ദ്വൈതാഹ അതേപോലെ സംശയങ്ങളൊക്കെ നീങ്ങിയിട്ടുള്ള വീണ്ടും അതിൽ നിന്ന് ജാതമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അജ്ഞാനജന്യങ്ങളായിട്ടുള്ള എല്ലാ വാസനകളും നീങ്ങിയിട്ടുള്ള യത് ആത്മാനഹ ആത്മനിയന്ത്രണം വന്നിട്ടുള്ളവൻ ആത്മൻ ശബ്ദം ഇവിടെ മനസ്സിന്റെ നിയന്ത്രണത്തെയാണ് മനസ്സിന് നിയന്ത്രണം വന്നിട്ടുള്ള സർവഭൂതഹിതേരഥാഹ സർവഭൂതങ്ങളിലും പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ ഒന്നൊഴിയാതെ അതിന്റെ ഹിതങ്ങളിൽ രഥനായിട്ടുള്ളവൻ അതിന്റെ അതിനോട് ഒരു താല്പര്യം താല്പര്യം എന്ന് പറഞ്ഞാൽ അതിനെ സ്വതന്ത്രമായി വിടാനുള്ള ഒരു മനസ്സ് ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക അത് തന്നെ സർവഭൂതഹിതേ രഥാഹ ഒന്നിനെ ഒരു കിളിക്കുട്ടിയെ കിട്ടിയ വളർത്തണം എന്നത് ദ്രോഹചിന്തയാണ് ചിലപ്പോൾ നമ്മുടെ പ്രാണി പ്രാണി സ്നേഹം അങ്ങനെയൊക്കെയാണ് ഇതിനെയൊക്കെ കെട്ടിയിട്ട് വളർത്തുക അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക വീട്ടിൽ ആ കിളിക്കൂട് ആ കൂട് ഈ കൂട് എന്നിട്ട് ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഈ ടൂറും അതും ഇതൊക്കെ പോകുമ്പോൾ ഇത് കിടന്നു ഭാവം കഷ്ടപ്പെടും വരുമ്പോഴേക്കും പലതും ചത്തിട്ടുണ്ടാവും ഋഷയ ബ്രഹ്മനിർവാണം ലഭതേ ഋഷികൾ ആ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ അതിനെ പ്രാപിക്കുന്നു മോക്ഷം എന്ന് പറഞ്ഞാൽ മരണാനന്തര ബഹുമതി എന്ന് കരുതിയതാണ് കുഴപ്പം അവസാനം കിട്ടേണ്ടുന്ന ഒന്നാണ് എന്നല്ല അവസാനം കിട്ടേണ്ടുന്നതല്ല പരമോന്നത പരംവീരചക്ര പോലെ മരണാനന്തരം മോക്ഷം കൊടുക്കുന്ന കർമ്മമൊക്കെ ഉണ്ട് അത് ഒക്കെ വലിയ അത്ഭുത മരിച്ചതിനു ശേഷം ഇയാൾ മോചിതനായി പിന്നെ എന്താ എന്ത് മോചനമാണ് തുടർന്ന് കാമക്രോധ ോധ <coughs> ക്രോധങ്ങൾ വേർപെട്ടവരായിട്ട് ഇതൊക്കെയാണ് എന്താ റിപുക്കൾ എന്ന് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് വിഷയധ്യാനമാണ് വിഷയധ്യാനത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് അതുണ്ടായിക്കഴിഞ്ഞാൽ സർവനാശമാണ് ഫലം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ അഥവാ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എങ്കിൽ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ പറഞ്ഞു വിമർശിക്കുന്നുവെങ്കിൽ അത് നല്ലതാണ് കാരണം നമുക്ക് നമ്മളെ അറിയാൻ സഹായിക്കും വിമർശനം എപ്പോഴും സ്വാമിജി പറയും കണ്ണാടി പോലെയാണ് മുഖം നോക്കാനുള്ള കണ്ണാടി പോലെയാണ് കണ്ണാടി നമ്മളെ കാണാനുള്ളതാണ് ഇതുപോലെയാണ് നമ്മുടെ വിമർശകരും നമ്മളെ അറിയാൻ നമുക്ക് നമ്മെ അറിയാൻ നമ്മുടെ വിമർശകർ നമ്മളെ സഹായിക്കുന്നു വിമർശനം എപ്പോഴും സ്വാമിജി പറയും കണ്ണാടി പോലെയാണ് മുഖം നോക്കാനുള്ള കണ്ണാടി പോലെയാണ് കണ്ണാടി നമ്മളെ കാണാനുള്ളതാണ് ഇതുപോലെയാണ് നമ്മുടെ വിമർശകരും നമ്മളെ അറിയാൻ നമുക്ക് നമ്മെ അറിയാൻ നമ്മുടെ വിമർശകർ നമ്മളെ സഹായിക്കുന്നു നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അത് പിന്നെ അസൂയയുടെ ഫലമായിട്ടുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്താലും വിമർശിക്കുക അല്ലാത്ത വിമർശനങ്ങളൊക്കെ ആരോഗ്യപരമാണ് നമുക്ക് നമ്മളെ തിരുത്താൻ നമുക്ക് സഹായകമാണ് ആ രീതിയിൽ നമുക്ക് അവരോട് താങ്ക്സ് പറയാം പക്ഷേ നമ്മൾ താങ്ക്സ് പറയുമ്പോൾ അവർക്ക് ദേഷ്യം തോന്നുന്നു എങ്കിൽ അങ്ങനെയുള്ള ഇടത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ് മറ്റേ അവർ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരി നിങ്ങളുടെ പലരും പറഞ്ഞു തുടങ്ങാൻ നിങ്ങളുടെ നന്മയെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഉണ്ടാവില്ല അവർക്ക് നമ്മളെ വിമർശിച്ചുകൊണ്ടിരിക്കണം അപ്പൊ കാമക്രോധ വിയുക്താനാം കാമക്രോധങ്ങളൊക്കെ വേർപെട്ടവരായി യഥചേതസാം വീണ്ടും ഇവിടെ ഭഗവാൻ ഈ അധ്യായത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം മനസ്സിൻ്റെ സാമ്യാവസ്ഥയാണ് ചേതസ്സിനെ നിയന്ത്രിക്കുന്നതാണ് മനസ്സിനെ വശപ്പെടുത്തുക അതാണ് യതചേതസ മനസ്സിനെ വശപ്പെടുത്തിയവരായിട്ട് വിദിതാത്മാനം വിദിതാത്മാനം എന്ന് പറഞ്ഞാൽ ആത്മാനം വിദിതം ആത്മബോധം കൈവന്നിട്ടുള്ള യദീന യതികൾക്ക് യത്നം ചെയ്യുന്നവർക്ക് യതികൾ എന്ന് പറഞ്ഞാൽ സന്യാസി സന്യാസി എന്ന് പറഞ്ഞാൽ നമ്മ നമ്മുടെ നമ്മിൽ നമ്മിൽ നിന്ന് അന്യമായിട്ടുള്ളതല്ല അവര് ബ്രഹ്മനിർവാണം ജീവൻ മുക്തി മോക്ഷം സമാധി എന്താ അഭിതഹ അവർക്ക് അഭിതഹ വർദ്ധത ഉടൻ തന്നെ അവർക്കത് അതിൽ വർത്തിക്കുന്നു അവരതിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം അപ്പൊ ഇവിടെ എന്താ ഇതിങ്ങനെ ഭഗവാൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് പറയുന്നത് അതായതിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അറിയുക എന്നതും രണ്ട് അറിവ് എന്നതും രണ്ടും വ്യത്യാസമുണ്ട് എന്താ അറിയുന്നതും അറിവും രണ്ടും രണ്ടാണ് അറിയുക എന്താണ് അറിയുക എന്നുള്ളത് ഒരു ഉൾക്കാഴ്ചയാണ് എന്ന് പറയാം അതിനെ നമ്മുടെ ഉപനിഷത്തിലൊക്കെ അന്തർദർശനം എന്ന് പറയും അറിയൽ അത് ഉൾക്കാഴ്ചയാണ് മറ്റതോ അറിവ് അറിവ് മറ്റുള്ളവർ പറഞ്ഞു തന്നത് ഈ പുസ്തകത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളത് അത് തലമുണ്ടയ്ക്ക് അകത്ത് കയറ്റിവെക്കല അറിയലും അറിവും രണ്ടും രണ്ടാണ് അറിയുന്നതോടുകൂടിയാണ് ഇവനിതെല്ലാം ഇവനിലെല്ലാം ഈ ഇത് എന്താ പറയുക മറ്റുള്ളവരെല്ലാം കൊഴിഞ്ഞു വീഴുന്നത് സംഭവിക്കുന്നത് അതിനാണ് ഭഗവാൻ എന്ത് കാമക്രോധാദികളെ ജയിക്കേണ്ടതുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് കാമക്രോധ വിയുക്തന്മാരായിരിക്കണം യഥചേതസന്മാരായിരിക്കണം വിദിതാത്മാക്കളായിരിക്കണം ഇവരാണ് അതിനെ ജയിക്കുന്നത് അപ്പൊ ഇവിടെയും ഭഗവാൻ ഒരു കാര്യം എന്താ പറയുക സൂക്ഷ്മരൂപത്തിൽ പറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്കത് പിടികിട്ടുന്നുണ്ടോ എന്നറിയില്ല കാമക്രോധ വിയുക്തന്മാർ എന്ന് പറയുമ്പം ഇന്ദ്രിയ നേടിയിട്ടുള്ളവരാ ഇന്ദ്രിയങ്ങളിലാണ് ഇതിനെ ജയിക്കേണ്ടത് അതുകൊണ്ട് തസ്മാവ് ഇന്ദ്രിയാണി ആദൗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകമുണ്ട് അതുകൊണ്ട് അർജുന ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യാൻ ആദ്യം നീ തയ്യാറാക്കൂ അതുകൊണ്ട് ഇന്ദ്രിയ ഇവിടെ കാമക്രോധ വിയുക്തന്മാർ എന്നതുകൊണ്ട് സ്ഥാപിച്ചു രണ്ടാമതുള്ളത് യതചേതസ്സാണ് യഥചേതസ് മനസ്സിന്റെ ജയത്തെ സൂചിപ്പിക്കുന്നതാണ് എങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ഇത് നമ്മെ അനുഗ്രഹിക്കുക എന്നറിയില്ലല്ലോ അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ആവർത്തിച്ച് പല പല പ്രകാരങ്ങളിൽ പറയണത് മൂന്നാമത്തത് വിദിതാത്മാക്കൾ എന്നത് ബുദ്ധിയുടെ ജയത്തെയാണ് വിദിതാത്മാക്കൾ ആത്മാവ് വിദിതമാകുന്നത് ബുദ്ധി ബോ അവിടെ അറിയുക എന്നത് അവിടെയാണ് നോക്കുക ആ അധ്യായത്തിൽ പറഞ്ഞത് എന്താ പറഞ്ഞത് സൂര്യൻ മനസ്സ് ഇക്ഷുവാകു എന്ന് പറയുമ്പം അതിലാ ഒരു നഷ്ടപ്പെടാതെ അതങ്ങനെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയാം നഷ്ടം കൈമോശം വരാതെ ഇന്ദ്രിയത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്ക് പക്ഷെ ഇത് മുഴുവനുണ്ട് അതിങ്ങോട്ട് ഒഴുകുന്നില്ല ഇതിന് തടസ്സം ആ തടസ്സമാണ് നീക്കുന്നത് ഗീത ഗീത അത്രയേ ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല അതെപ്പ നീങ്ങുന്നറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വയല് വയല് ഈ മോട്ടോർ അടിച്ച് തടം കെട്ടിക്കൊടുത്തിട്ട് കർഷകൻ എന്ത് ചെയ്യും വലിയ തൂമ്പയായിട്ട് ചെല്ലും അപ്പൊ വയലില് പോയി വയലിലൊക്കെ പോയി പരിചയമുള്ളവർക്ക് അറിയാം ചില അവരങ്ങനെ ദൂരയിൽ നിന്ന് നോക്കുമ്പോ ചില കണ്ടത്തിലേക്ക് കണ്ടെന്നാണല്ലോ പറയാം പാടത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടാവില്ല വേണ്ടത്ര അപ്പൊ അവർ പോയി നോക്കുന്ന സമയത്ത് ഈ കരിയിലകളെല്ലാം കൂടെ വന്നിട്ട് ആ എന്താ പാടത്തേക്ക് കയറുന്ന ആ വഴി ആദ്യ അത് മുറിച്ചിട്ടുണ്ടാവും അവിടെ പോയി നിന്ന് എന്താ പറയാ തടം കെട്ടി നിൽക്കുക അതുകൊണ്ട് വെള്ളമിട്ട് കയറുന്നില്ലേ അപ്പൊ അയാൾ തൂമ്പയായിട്ട് പോയിട്ട് ഒന്ന് ഒന്ന് നീക്കി കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ കാല് കൊണ്ട് വടികൊണ്ട് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതൊഴുകയായി എന്ന് പറയാം ഈ ഒഴുക്ക് എവിടെയോ നിൽക്കുന്നുണ്ട് ഈ ചെറിയ ചില്ലറ ചില്ലറ കരടുകളെ കൊണ്ട് അതൊന്ന് നീങ്ങണം അത്രയുള്ളൂ നീ കഴിഞ്ഞാൽ പിന്നെ ഒഴുകിക്കോളൂ അടുത്ത ഭഗവാൻ രണ്ട് ശ്ലോകങ്ങളെ എന്താ ഒരുമിച്ച് അന്വയിപ്പിക്കുകയാണ് ഈ അധ്യായം അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു അടുത്ത മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് എന്നിട്ട് ഉപസംഹരിക്കണം തുടർന്ന് ഇപ്പൊ പറഞ്ഞു വളരെ ക്രമത്തിലാണ് ഇനി ഇതിനെ നമ്മൾ സ്വാംശീകരിക്കേണ്ട വിദ്യ ധ്യാനയോഗം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് ഈ അധ്യായത്തിലാണ് എന്താ പറയാ തത് തത്വമസിയിലെ എന്താ ത്വം പദത്തെ തത് പദത്തെയും കൂടെ സമന്വയിപ്പിക്കുന്ന കല ആരംഭിക്കുന്നത് ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട അധ്യായമാണെന്ന് പറയാം സ്വാമിക്ക് നിങ്ങളോടുള്ള അപേക്ഷ ഒരു ഗീതാ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളോടൊപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പറയുന്നത് പുറത്തേക്ക് നോക്കാനുള്ളതല്ല നമ്മളെപ്പോഴും പറയട്ടെ പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ പുറത്തേക്ക് തിന്നിയാ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇത് എത്ര അവരെത്ര ഈ കാര്യത്തിൽ ഫിറ്റാണ് എന്നാണ് അത് വിട്ടേക്കുക എനിക്ക് എന്ന് അനുഗ്രഹിക്കുന്നുണ്ടോ ഇത് ഇത് മാത്രമാണ് നോക്കേണ്ടത് യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയും എങ്ങനെയാണോ നമ്മുടെ ദൃഷ്ടി കാഴ്ചപ്പാട് എങ്ങനെയാണോ സൃഷ്ടി അതിനനുസരിച്ചിരിക്കും അതുകൊണ്ട് മാറ്റം ഉള്ളിൽ തന്നെയാണ് വരേണ്ടത് ഭഗവാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് ബാഹ്യമായ സന്യാസമല്ല സന്യാസത്തെ ഇവിടെ ആന്തരികമായി തന്നെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലൊരു സംശയവുമില്ല കാമക്രോധ വിയുക്താനാം യദീനാം യഥചേതസാം അഭിതഹ ബ്രഹ്മനിർവാണം വർത്തതെ വിദിതാത്മനാം കാമക്രോധ വിയുക്താനാം കാമ ആഗ്രഹ അതുപോലെ ആഗ്രഹത്തിൽ നിന്ന് ജനിക്കുന്ന ക്രോധം വളരെ നന്നായിട്ട് മനസ്സിലാക്കണം എന്ന് പറയാ ക്രോധത്തിന് പല സങ്കേതങ്ങളുണ്ട് സ്വാമിജി എപ്പോഴും പറയും ചിന്മയാൻ സ്വാമികൾ നിങ്ങൾക്ക് എറണാകുളത്തുള്ളവർക്ക് ചിന്മയാൻ സ്വാമികളെ നന്നായിട്ട് അറിയുന്നവരുണ്ട് ഇതില് നന്നായിട്ടല്ലേ സ്വാമിജിയെക്കുറിച്ച് പറയുമ്പം സ്വാമിജിയെക്കുറിച്ച് പറയാറുള്ള ഒന്ന് ഭയങ്കര അറിയാം സ്വാമിജി ദേഷ്യക്കാരൻ എന്നുള്ളത് സ്വാമിജിയെ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ് സ്വാമിജിയെ പോലെ ഒരു സ്നേഹം അതായത് ദേഷ്യം എന്ന് പറഞ്ഞാൽ സ്വാമിജി അത് കൊണ്ടു നടക്കാറില്ല എന്നുള്ളതാണ് സ്വാമിജി എപ്പോഴും പറയാറുണ്ട് ദേഷ്യം എൻ്റെ പോക്കറ്റിലാണെന്ന് കാരണം ഞാൻ ആവശ്യത്തിന് ഈ കണ്ണാടിയൊക്കെ നമ്മൾ വായിക്കാൻ എടുക്കില്ലേ വായിക്കാൻ വായിച്ചു കഴിഞ്ഞാൽ കണ്ണാടി എടുത്ത് പോക്കറ്റിലിടും എപ്പോഴും കണ്ണാടി വേണ്ട ഇതുപോലെ ഞാൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് ഇതിനൊരു അടുക്കും ചിട്ടയും കൊണ്ടുവന്നിട്ടുള്ളൊരു ആളാണ് യജ്ഞശാല തോന്നിയതുപോലെയാക്കാൻ സ്വാമിജി അനുവദിക്കില്ല അപ്പൊ സ്വാമിജിയുടെ ആ ഒരു അത് സ്വാമിജി തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ആരുടെ സ്വാമിജി യജ്ഞം പ്രഭാഷണം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരാളും വന്ന് ഇരിക്കില്ല ഇരിക്കാൻ തോന്നില്ല ഇരിക്കാൻ സാധിക്കില്ല ആർക്കും സ്വാമിജി അപ്പം നിർത്തൂ യജ്ഞം ഒരാൾ എഴുന്നേറ്റാൽ സ്വാമിജി അപ്പം നിർത്തും അതിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റാൽ നിർത്തു അപ്പം ഇവിടെ തന്നെ ഇവിടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എന്താ ഒരു മുഖ്യമന്ത്രി പേര് സ്വാമി പറയുന്നില്ല ഒരു മുഖ്യമന്ത്രി ആറരയ്ക്ക് സ്വാമിജിയുടെ യജ്ഞം ഇവിടെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യേണ്ടതാണ് പത്ത് മിനിറ്റ് സ്വാമിജി കാത്തു അത് കഴിഞ്ഞ് നേരെ തുടങ്ങുകയാണ് മുഖ്യമന്ത്രിയുമുള്ള നിലയ്ക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ വൈകാം എന്നതാണ് അതിൻ്റെ അപ്പുറം താൻ അനുവദിക്കില്ല എന്ന് പറയാം അത് തുടങ്ങി പിന്നെ അദ്ദേഹം ഒരു അഞ്ചു മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് അദ്ദേഹം വരുന്നു സ്വാമിജി ഇങ്ങനെ ഒരു നോട്ടം നോക്കണു അദ്ദേഹം അവിടെ തന്നെ ഇരിക്കണം അതായിരുന്നു കാരണം തന്റെ താൻ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറയാം ഒരിക്കലും ഇതിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തന്റെ വാക്കുകൾക്ക് ശക്തിയില്ലാതെ പോകും അപ്പം നമ്മൾ ഇതുപോലെ നമുക്ക് എടുക്കാം ഇത് ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണ് അല്ലാതെ നിങ്ങൾ സദാസമയം ഈ വികാരത്തിന് എങ്ങനെയാണ് ഈ വികാരം ഉണ്ടാകുന്നത് കാമത്തിൽ നിന്ന് മറ്റേ ദേഷ്യം കാമത്തിൽ നിന്നല്ല എന്ന് പറയും കാമത്തിൽ നിന്നുണ്ടാകുന്ന ക്രോധം അപകടകരമാണ് അത് ആഗ്രഹം പൂർത്തീകരിക്കാതെയാവുന്നുണ്ടാകുന്നതാ അപ്പൊ അതിൽ നിന്ന് വേർപ്പെടേണ്ടതുണ്ട് കാമക്രോധ വിയുക്താന പക്ഷേ നമ്മൾ അങ്ങനെയാ മനസ്സിലാക്കുക ദുർവാസാവിന് അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഇനി അവരുടെയൊക്കെ ദേഷ്യം ലോകത്തിൻ്റെ അനുഗ്രഹത്തിനാണ് അങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള യോഗികൾക്കും എന്താ മഹാത്മാക്കൾക്കും എന്തൊക്കെ ദുർഗുണങ്ങൾ നാം കാണുന്നുവോ ആ നാം കാണുന്ന ദുർഗുണം പോലും അത് ലോകാനുഗ്രഹമായിട്ട് ഭവിക്കുമെന്ന് കാമക്രോധ വിയുക്താനാം യഥചേതസാം മനസിനെ വശപ്പെടുത്തിയിട്ടുള്ളവര് വിദിതാത്മനാം ആത്മബോധം സിദ്ധിച്ചിട്ടുള്ളവരായ യതീനാം യതികൾക്ക് ബ്രഹ്മനിർവാണം അഭിതഹ വർത്തതെ ജീവൻ മുക്തി ഉടൻ കൈവരുന്നു ഇതുവരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് ശരിക്കും ഈ അധ്യായം ഇവിടെ ഭഗവാൻ ഉപസംഹരിക്കുകയാണ് തുടർന്ന് അടുത്ത അധ്യായത്തിലേക്കുള്ള ഒരു പ്രവേശനം കൂടിയാണ് ഈ സന്യാസത്തെ തന്നെ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നോക്കാം ചക്ഷുശ്ചൈവാതേ ഭ്രുവോ പ്രാണപാനൗ സമൗ കൃത് നാസാഭ്യന്തരചാരിണ യേന്ദ്രിയ മനോബുദ്ധി മുനിർമോക്ഷായണ सदा स्पर्शान कृत्वा कृत्वा बहि चक्षुषः एव नासा बहिबा चक्षुष प्राणपाननौ समसाभ्यचारिण यतेबु मुयण വികദേച്ചാ ഭയക്രോധ യഹ സദാ മുക്ത സഹ അടുത്ത അധ്യായത്തിന് ഭഗവാൻ അധ്യായത്തിലേക്ക് ഒന്ന് പ്രവേശിക്കണം എന്താ പറയുന്നത് ബാഹ്യാൻ ബാഹ്യാൻ എന്ന് പറഞ്ഞാൽ പുറമെയുള്ള എന്തൊക്കെയാണ് പുറമെയുള്ളത് സ്പർശാൻ സ്പർശാൻ എന്ന് പറഞ്ഞ വിഷയങ്ങൾ ലോകം എന്ന് പറഞ്ഞാൽ ഈ അഞ്ചെണ്ണാണ് ഒരുപാടൊന്നുമില്ല ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം അതായത് ഈ കുതിരയ്ക്ക് നടക്കാനുള്ള മാർഗം കുതിര നടക്കുന്നത് നാം സഞ്ചരിക്കുന്നത് ഈ അനുഭവങ്ങൾ ഈ അനുഭവങ്ങളിലൂടെയാണ് ഓരോ ജീവി ഓരോ ജീവനും യാത്ര ചെയ്യുന്നത് ഈ യാത്രയെയാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ബാഹ്യാൻ സ്പർശാൻ പുറമെയുള്ള ഈ വിഷയങ്ങളെ അതിൽ നമുക്ക് നമ്മുടെ വികാര നമ്മുടെ ചുറ്റു സംഭവിക്ക എന്തൊക്കെ സംഭവിക്കുന്നുവോ അതെല്ലാം തന്നെ അതിൽപ്പെടുത്തിക്കൊള്ളണം ബഹിക്ൃത്വ അതിനെവിടെയാണ് വെക്കേണ്ടത് പുറത്ത് തന്നെ വയ്ക്കണം അകത്തേക്ക് കയറ്റണ്ടെന്ന് പറയാ ബഹിക്വ പുറത്താക്കിയിട്ട് ചക്ഷുഹു ചക്ഷുഹു എന്ന് പറഞ്ഞാൽ നേത്രത്തെ ദൃഷ്ടിയെ ബ്രുവോഹോ അന്തരേ ബ്രുവോഹോ ബ്രൂ മധ്യത്തിൽ പുരികത്തിന്റെ ഇടയിൽ നടുവിൽ അന്തരേ എന്ന് പറഞ്ഞാൽ നടുവിൽ കൃത്വ നിർത്തിയിട്ട് നിർത്തിയിട്ട് ശ്രദ്ധയെ പുരികത്തിന്റെ മധ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് എന്താ പറയുക കേന്ദ്രീകരിപ്പിച്ചിട്ട് നാസാഭ്യന്തരചാരിനോ മൂക്കിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന പ്രാണവായു പ്രാണവായുവിനെ കുറിച്ചിട്ട പ്രാണാപാനവും പ്രാണെന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്ന വായു അപാനൻ ഇവിടെ പുറത്തേക്ക് വരുന്ന പ്രാണാപാനനെ എന്തുവേണം സമവ് കൃത്വ സമമാക്കിയിട്ട് ഒരുപോലെയാക്കിയിട്ട് എന്ത് വേണം യഥേന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയ മനോബുദ്ധികളെ മനസ്സിനെയും ബുദ്ധിയെയുമെല്ലാം ഇതിനെ വിസ്തരിക്കാൻ പോകുന്നുണ്ട് ഭഗവാൻ ഇത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇങ്ങനെ സാധിക്കോ എന്നൊക്കെ സംശയം ഇരിക്കട്ടെ എല്ലാം മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാകാതെ പോകുന്ന ഒന്നും ഇവിടെ ഉണ്ടാവില്ല മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാ സംശയങ്ങളൊക്കെ ഒക്കെ എഴുതി വെച്ചോളൂ അറിയുന്നതാണെങ്കിൽ സ്വാമി പറയാം അതുകൊണ്ട് ഒരു വിഷമം വിചാരിക്കേണ്ട ഈ പറയുന്നതൊക്കെ ചിലപ്പോ സംശയങ്ങൾ കേൾക്കുമ്പോൾ തന്നെ സംശയം ഉണ്ടാവും സമൗകൃത്വ സമമാക്കിയിട്ട് യഥേന്ദ്രിയ ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കിയിട്ട് വികതേച്ച ഭയക്രോധ ആഗ്രഹം ഇച്ച ഭയം അതുപോലെ ക്രോധം ഇത് ഒഴിവാക്കണം എന്ന് പറയാം ഇപ്പൊ ധ്യാനം ധ്യാന ധ്യാനത്തെക്കുറിച്ച് പറയണം സ്വരൂപത്തെ അറിയാൻ പോകുന്ന കാര്യത്തിൽ ഭഗവാൻ ആവർത്തിച്ച് പറയുന്നതാണ് മോക്ഷപരായണ ഇതിൽ എന്താണ് ലക്ഷ്യം മോക്ഷമാണ് ലക്ഷ്യം മോക്ഷപരായണന്മാർ മോക്ഷത്തെ പ്രാപ്തിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ള അവർ അവർ അങ്ങനെയുള്ള ആൾക്ക് ഇവിടെ ഭഗവാൻ ഒരു പേര് കൊടുക്കുന്നു മുനി മുനി മുനി മൗനത്തെ ശീലമാക്കിയിട്ടുള്ളതാണ് മുനി യഹ യാതൊരുവൻ ഉണ്ടോ ഏതൊരു മുനിയാണോ അങ്ങനെ ഉള്ളത് സഹ അവൻ സദാ എപ്പോഴും മുക്താഹ അവൻ മുക്തൻ തന്നെയാണ് പാരാ എന്ന് ചോദിച്ചാൽ പുറമെയുള്ള വിഷയങ്ങളെ പുറത്താക്കിയിട്ട് പുറത്തു തന്നെ നിർത്തിയിട്ട് ഇപ്പൊ നല്ലൊരാതിഥേയെന്ന് പറയാം എല്ലാറ്റിനെയും സൽക്കരിച്ച് അവിടെ അവിടെ ഇരുത്തിയിട്ട് ഒന്നുമായി താതാത്മ്യം പ്രാപിക്കാതെ താൻ എന്ത് ചെയ്യുന്നു പ്രാണനെയും അപാനനെയും സമമാക്കിക്കൊണ്ട് ഈ പ്രാണാപാനന്മാരെ സമമാക്കുന്ന വിദ്യ എങ്ങനെയാണ് ബാഹ്യ ലോകത്തിൽ നിന്ന് ആന്തരിക ലോകത്തിലേക്ക് പ്രവേശിക്കേണ്ടുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഈ അധ്യായത്തിലെ വിഷയം നമുക്ക് ധ്യാനം ഇവിടെ കുറച്ച് പരിശീലിക്കാൻ സാധിക്കുമെന്ന് നമുക്കൊരു ശ്രമം നടത്താം ഇവിടെ ഏതായാലും അതിൻ്റെ സൂചനകൾ തരാം നിങ്ങൾ വീട്ടിലിരുന്ന് അത് പരിശീലിക്കുക അഭ്യസിക്കുക ഇത് ഈ കാര്യം ഇവിടെ ഭഗവാൻ പറയുന്ന കാര്യം തന്നെ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് അനുഭവപ്പെടുക നമ്മൾ ധ്യാനത്തിലേക്കല്ല പോവുക സ്വാമി പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കും ബാഹ്യ വിഷയങ്ങളെ ഇവിടെ പറയണു ബാഹ്യമായ വിഷയങ്ങളെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു പുറത്ത് നിർത്തുന്നു എങ്ങനെയാ ബാഹ്യമായ വിഷയങ്ങളെ പുറത്ത് നിർത്തുക എന്ന് ചോദിച്ചാൽ അത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണല്ലോ എന്നാ ശരി വിഷയങ്ങളൊക്കെ അങ്ങോട്ട് പുറത്ത് നിന്നോളൂ എന്ന് പറഞ്ഞാൽ നിൽക്കുമോ ഇല്ലയല്ലോ അങ്ങനെയാണല്ലോ കൃഷ്ണനെ ധ്യാനിക്കാൻ പുറപ്പെടുമ്പോഴാണല്ലോ കൃഷ്ണൻനായരെ കുറിച്ച് ഓർമ്മ ഓർക്കുമ്പോഴാണ് കൃഷ്ണൻനായർ തരാനുള്ള കാശിനെ കുറിച്ച് ആ കാശ് കിട്ടിയിട്ട് വേണം ഇന്നത് മേടിക്കാൻ എന്ന് ഓർമ്മ ഇപ്പൊ നാട്ടിലെ സാധനങ്ങൾക്കൊക്കെ എന്താ വില ഒരു അഞ്ഞൂറ് രൂപയായിട്ട് മാർക്കറ്റ് പോയാ പോയത് തന്നെ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് തുടങ്ങി നാടിനെ ഇങ്ങനെ പോളുന്നു അപ്പൊ എങ്ങനെ ഇതിനെ പുറത്ത് നിർത്താൻ പറ്റും അതുകൊണ്ട് ഇത് വലിയൊരു അഭ്യാസമാണ് ഈ അഭ്യാസം ആർക്കും ആരെയും സഹായിക്കാനും പറ്റില്ല അതേ നിന്റെ ചിന്തകൾ ഇപ്പൊ പോകുന്നു വേറൊരു വഴിക്ക് അതുകൊണ്ട് നീ ഇങ്ങോട്ട് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് നമ്മൾ പഠിക്കണം നമുക്കത് എളുപ്പമാണ് സാധിക്കും അതുകൊണ്ട് ആദ്യം ഇത് സാധിക്കും എന്ന് തന്നെ തീരുമാനിച്ചോളൂ ഇപ്പൊ സംഭവിക്കാം സംഭവിക്കുന്നത് സ്വാമി പറഞ്ഞു തരാം എന്നാൽ പിന്നെ അതിൽ നിന്ന് അതിനെ അറിഞ്ഞു വെച്ചാൽ നല്ലതാണല്ലോ ഇപ്പൊ ഇത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ശരി സ്വാമി അങ്ങനെ ചെയ്യാം എന്നാ ശ്രദ്ധയെ നമുക്ക് പുരികത്തിന്റെ മധ്യത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കാം അപ്പൊ തന്നെ ചിലപ്പോ തലവേദനയൊക്കെ തുടങ്ങി പുരികത്തിന്റെ മധ്യത്തിലേക്ക് പോയി ചെറിയ ക്ലാസ്സിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ നോക്കാൻ പറഞ്ഞു വിരലിങ്ങനെ ചൂണ്ടിയിട്ട് ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തലവേദനയ്ക്കും അപ്പൊ അങ്ങനെ തലവേദന ഉണ്ടാകുന്ന ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഏകാഗ്രമാക്കാൻ വേണ്ടി ഒരു ഒരു നിർദ്ദേശം തന്നതാണ് ഏതെങ്കിലും ഒരു ചിത്ത അഗ്രേ ഏകവസ്തു വിഷയകത്വം എന്ന് പറയും സമാധാനത്തെ ചിത്രത്തിന്റെ അഗ്രത്തിൽ ഒരൊറ്റ ചിന്തയെ കേന്ദ്രീകരിപ്പിക്കുക മറ്റുള്ളതിൽ നിന്നൊക്കെ അടർത്തിയെടുക്കുക മനസ്സിനെ അതിന് പ്രാണനെയും അപാനനയെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രാണാപാനനിലേക്ക് ശ്രദ്ധ വരുമ്പം മനസ്സൊന്ന് ഏകാഗ്രമാകും അങ്ങനെ ഏകാഗ്രമാകുന്ന മനസ്സിൽ എന്താണ് ഇത്ര സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് നാളെ അത് കാണാം നമുക്ക് ധ്യാനം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 ഇപ്പൊ നാട്ടിലെ സാധനങ്ങൾക്കൊക്കെ എന്താ വില ഒരു അഞ്ഞൂറ് രൂപയായിട്ട് മാർക്കറ്റ് പോയാൽ പോയത് തന്നെ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് തുടങ്ങി നാടിനെ ഇങ്ങനെ പോകുന്നു അപ്പൊ എങ്ങനെ ഇതിനെ പുറത്ത് നിർത്താൻ പറ്റും അതുകൊണ്ട് ഇത് വലിയൊരു അഭ്യാസമാണ് ഈ അഭ്യാസം ആർക്കും ആരെയും സഹായിക്കാനും പറ്റില്ല നിന്റെ ചിന്തകൾ ഇപ്പൊ പോകുന്നു വേറൊരു വഴിക്ക് അതുകൊണ്ട് നീ ഇങ്ങോട്ട് എന്ന് പറയാൻ പറ്റില്ല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 ചിത്രത്തിന്റെ അഗ്രത്തിൽ ഒരൊറ്റ ചിന്തയെ കേന്ദ്രീകരിപ്പിക്കുക മറ്റുള്ളതിൽ നിന്നൊക്കെ അടർത്തിയെടുക്കുക മനസ്സിനെ അതിന് പ്രാണനെയും അപാനനെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രാണാപാനനിലേക്ക് ശ്രദ്ധ വരുമ്പം മനസ്സൊന്ന് ഏകാഗ്രമാകും അങ്ങനെ ഏകാഗ്രമാകുന്ന മനസ്സിൽ എന്താണ് ഇത്ര സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഉറക്കം എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ശീലിച്ചു വന്നത് ഉറങ്ങാനുള്ളൊരു ഏർപ്പാടാണ് അതായത് കണ്ണടച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ നമ്മളിപ്പം ബസ്സിൽ കയറി ബസ്സിൽ കയറി ഇവിടുന്ന് എറണാകുളത്തുനിന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്ക് പോകും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ടിക്കറ്റെടുത്ത് കണ്ടക്ടർക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം ഒന്ന് ഭദ്രാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കണ്ണടയ്ക്കും എന്തിനാണ് കണ്ണടയ്ക്കുന്നത് ധ്യാനിക്കാനാണോ അല്ല അങ്ങനെ കണ്ണടഞ്ഞ് അതങ്ങനെ അദ്ദേഹം ഉറങ്ങും പറയും കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളുടെ തൊഴിലേക്കാണ് വീഴുക അയാള് ഉറങ്ങാണെങ്കിൽ കുഴപ്പമില്ല ആൾ അനുവദിക്കും ചിലർ അതൊക്കെ സഹിക്കും ചിലരിങ്ങനെ അടുത്തിരിക്കുന്ന ആളുടെ തൊഴിൽ വീണിട്ട് ഇതൊന്നിങ്ങനെ ഒരു സാധനം ഒഴുകി അദ്ദേഹത്തിന് ഷോട്ടിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അതാണ് വലിയ ബുദ്ധിമുട്ട് ഒരിക്കലും അതിനെ ചൊല്ലിയുള്ള അടി നമ്മൾ നേരിട്ട് നിരീക്ഷിച്ചിട്ടുള്ളതാണ് പിന്നെ അവിടെ സോറി ഒന്നും നടക്കില്ല എന്ന് പറയാം പറ്റുന്ന പണി അടുത്ത് അതേ ഉണരുന്നതിന് മുമ്പ് ഇറങ്ങി വേറെ ബസ് പിടിക്കുക കാശ് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല അപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇതാണ് ഇവിടെ നമ്മൾ പല വിദ്യകളും ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ നമ്മളെ വേറെ എവിടേക്കോ അവൻ കൊണ്ടുപോകും മനസ്സ് എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക പഠിച്ച കള്ളനാണ് മനസ്സിനെക്കുറിച്ച് പഠിക്കുമ്പം അറിയുന്നത് അതാണ് ഒരു നിങ്ങൾ ഒരു അലാം വെച്ച് കിടന്നുറങ്ങുമ്പം നാല് മണിക്ക് നമുക്ക് എഴുന്നേൽക്കണം അല്ലെങ്കിൽ ഗുരുവായൂരിൽ പോയിട്ട് ഗുരുവായൂരിൽ ചേരുന്നു ഒന്നാം തീയതി തലേന്ന് മലയാള മാസം ഒന്നിന് വാക ചാർത്ത് തൊഴണം എന്ന് വിചാരിച്ച് രണ്ട് മണിക്ക് അലാം വെച്ചു കിടന്നു രണ്ടാവുന്നതിനൊരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് മുൻപ് നമ്മൾ എഴുന്നേറ്റു ഉണർന്നു പക്ഷെ എത്രയെന്നൊന്നും അറിയില്ല ആ അലാം വെച്ചിട്ടുണ്ടല്ലോ അടിക്കട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും ഒന്ന് ഉറങ്ങി ആ ഉറക്കത്തിൽ രണ്ടു മിനിറ്റ് കൊണ്ട് ഈ അലാം ഇങ്ങനെ അടിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഗുരുവായൂർ നടയിലായിരിക്കും എന്നിട്ട് വാക ചാർത്ത് തൊഴുവായിരിക്കും അപ്പൊ അമ്പലത്തിലെ കൂട്ടമണിയായിട്ട് ഈ അലാമിനെ അവൻ അപ്പോഴേക്ക് നെയ്തെടുക്കുമെന്ന് പറയാം അമ്പലത്തിലെ ഒരു കൂട്ടമണിയൊക്കെയായിട്ട് നമ്മൾ അമ്പലത്തിലിരുന്ന് അങ്ങനെ നിന്ന് തൊഴുന്നതൊക്കെ തൊഴുതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒരു അഞ്ചു മണി ആറു മണിയൊക്കെ ആവുമ്പോ അത് ശരി അപ്പൊ അലാം അടിച്ചില്ലേ അടിച്ചു കാരണം മനസ്സ് നമ്മൾ പറഞ്ഞതാ കുറച്ചുകൂടെ ഒന്ന് അലാം അടിക്കട്ടെ എന്ന് പറഞ്ഞതാ അതിൽ അതിൽ കൊളുത്തി എന്ന് പറയാ എന്നിട്ട് നമുക്ക് അനുസരിച്ച സ്വപ്നത്തെ നെയ്യാൻ പോലും സമർത്ഥമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയാ നമുക്കനുസരിച്ചതിന് നമ്മുടെ ആലസ്യത്തിലേക്ക് പോകുന്ന മനസ്സ് ആ അത് അവനതിനനുസരിച്ച് ഒരു ലോകത്തെ സൃഷ്ടിച്ച് നമ്മൾ നമ്മുടെ മുൻപിൽ തരും അനുഭവിക്കാൻ പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഓരോ കാര്യങ്ങൾ അപ്പൊ മനസ്സെങ്ങനെയാണ് അപ്പൊ കണ്ണടച്ചാൽ എത്രയോ വർഷമായിട്ട് നാം നിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ടാണ് നാം കണ്ണടച്ചിട്ടുള്ളത് കുട്ടികളെ കണ്ണടപ്പിക്കുന്നതും അമ്മമാര് ഇതാണ് ചെറുപ്പത്തിൽ കുട്ടികളിങ്ങനെ ഉറങ്ങാൻ കിടക്കുമല്ലോ ഉറക്കാൻ അവരെ ഉറക്കിയിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇവരാണെങ്കിലും ഉറങ്ങില്ലേ അത് അവർക്ക് വലിയൊരു പണിപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അവരെന്താ ചെയ്യുക അവരെ ഈ നെറ്റിയുടെ ഇവിടെ ഇങ്ങനെ തട്ടിക്കൊടുക്കും ഇങ്ങനെ അങ്ങനെ അല്ലേ ആ തട്ടുന്ന സമയത്ത് അതിങ്ങനെ കണ്ണുകൂട്ടും കുട്ടികളാണെങ്കിൽ അതിലും വലിയ എന്താ ഉറങ്ങിയതുപോലെയായിട്ട് അമ്മ എഴുന്നേക്കാൻ നേരത്ത് കണ്ണ് ഉറപ്പും ഇല്ല എന്നിട്ട് ഇങ്ങനെ ചിരിക്കും അങ്ങനെ ഒരു ഉറപ്പും ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ കുറെ തട്ടിക്കഴിഞ്ഞാല് ആ അവിടെ ഇങ്ങനെ തട്ടിയാ മതി കുറെ സമയം ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഉറങ്ങിപ്പോകും ആ സമയത്ത് ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറുപ്പത്തില് അമ്മ കുട്ടിക്ക് താരാട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തട്ടല് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിങ്ങനെ ഉം ഉം അത് നമ്മുടെ ഉള്ളില് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ആരെങ്കിലും നമുക്ക് ഉറക്കം ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു തട്ടലും താരാട്ടും പാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും ചെറുപ്പത്തില് നമ്മള് ശീലിച്ചിട്ട് ഉറങ്ങാൻ ശീലിച്ചിട്ടുള്ള പല പല ഉപാധികളും ഉണ്ട് ചെറു ചെറുപ്രായത്തിൽ ചിലപ്പോ അമ്മയുടെ സാരിയുടെ വക്കായിരിക്കും തുഞ്ചം അതിങ്ങനെ പിടിച്ച് തിരിച്ച് തിരിച്ച് തിരിച്ചിരിക്കുക അല്ലെങ്കിൽ തലേനയുടെ ആ അറ്റം അതിൻ്റെ ആ കൂർപ്പ് ഇങ്ങനെ പിടിച്ച് പിടിച്ചു തിരിക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുറങ്ങുന്ന ഒരു ശീലം നാം വളരെ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ എന്താ പറയുക കരകരമാക്കിയിട്ടുണ്ടാവും നാം ആശ്രമത്തിലൊക്കെ ചെന്ന് ഗുരു ഒരു ജപമാല തന്നു ഒരു മന്ത്രവും പറഞ്ഞു തന്നു രാമ രാമ രാമെന്ന് പറഞ്ഞു ഇത് എടുത്ത് ഉരുക്കഴിക്കുന്ന സമയത്ത് താൻ ആ പഴയ കുട്ടിയായിരുന്നു ആ തലേണ പിടിച്ച് തിരിച്ചതോ അല്ലെങ്കിൽ അമ്മയുടെ അതും ഈ താരാട്ട് പോലെയായിട്ട് ഈ മന്ത്രം മാറും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിദ്രയിലേക്കാണ് ഈ ആള് പോവുക പിന്നെ ഇത്ര കാലം ഉറങ്ങാൻ തന്നെയാണ് കണ്ണടച്ചിരുന്നതും പ്രാണനയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേഗത്തിലങ്ങട്ട് ഇത് പറയുമ്പം തന്നെ ഉറക്കം വരുന്നുണ്ടാവൂലേ ചിലപ്പം അങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് ഉറക്കം നല്ലതാണല്ലോ അപ്പൊ പുതിയ രീതിയിൽ ഉറങ്ങാൻ പഠിച്ചു ആൾ ഇപ്പം എങ്ങനെയാണ് ഉറങ്ങുന്ന ജപമാലയുണ്ട് പത്മാസനത്തിലൊക്കെ ഇരുന്ന് അങ്ങനെ ഉറങ്ങുന്നു ആൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരക്കാണ് എന്നിട്ട് പറയണോ നല്ലൊരു ഒന്നും അറിഞ്ഞിട്ടില്ല ഉറക്കത്തിലൊന്നും അറിയാറില്ലല്ലോ ഏതായാലും നല്ലൊരു ഒരു എന്തോ ഒരു ഒരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് അത്യാവശ്യം ഞാനിപ്പം ധ്യാനമൊക്കെ ശരിയായി തുടങ്ങി എനിക്ക് എന്തൊക്കെയോ എനിക്കൊന്നും ഓർമ്മയില്ല ഉറക്കത്തിൽ ആർക്കൊന്നും ഓർമ്മ വരാറില്ല പക്ഷേ ഉറങ്ങുകയാണ് എന്ന ബോധത്തോടുകൂടിയല്ല ഞാനിത് ചെയ്തത് പക്ഷേ നിങ്ങളുടെ ശരീരം വ്യവസ്ഥീകരിക്കപ്പെട്ടിട്ടുണ്ട് എത്രയോ കാലങ്ങളായിട്ട് നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ ഈ മന്ത്രവും ഈ പറഞ്ഞ കൃത്യമെല്ലാം നമ്മളെ അവൻ കൊണ്ടുപോയത് നിദ്രയിലേക്ക് തന്നെയാണ് സമാധിയിലേക്കല്ല അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിക്കേണ്ടുന്നതാണ് അതുകൊണ്ട് ഇത് എന്താണ് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് നന്നായിട്ട് ചെറുത് രണ്ട് രണ്ട് വീഴ്ചയാണ് നിദ്രയിലേക്കുള്ള വീഴലും സമാധിയിലേക്കുള്ളതും ശാന്തോഗ്യോപനിഷത്തില് ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നുണ്ട് എന്താണ് നിദ്ര നിദ്ര എന്ന് പറഞ്ഞാല് മനസ്സ് പ്രാണനിൽ വിലയിക്കുന്നതാണ് അപ്പൊ ആ മനസ്സ് എങ്ങനെയാണ് ആ മനസ്സിനെ ഉദ്ദാലകൻ ചാന്തോക്യത്തിൽ ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണെങ്കിൽ കെട്ടിയിട്ട കിളിയോടാണ് അതിനെ ഉപമിക്കുന്നത് യഥാശകുനി സൂത്രേണ പ്രബദ്ധ ദിശം ദിശം പതിത്വ അന്യത്ര ആയതനം അലബ്ധന്ധനമേവ ഉപാശ്രയേത് തന്മന ദിശം ദിശം ഹേ സൗമ്യ തന്മന ദിശം ദിശം പതിത്വ അന്യത്ര ആയതനം അലബ്ധ പ്രാണമേവ ഉപാശ്രയേത് എങ്ങനെയാണോ കുട്ടി കെട്ടിയിട്ട കിളി ഓരോരോ ദിക്കിലേക്ക് പറന്നിട്ട് എവിടെയും ആശ്രയം കിട്ടാതെ കെട്ടിയിട്ട കൊമ്പിൽ തന്നെ വന്ന് ഇരിക്കുന്നത് ഇതുപോലെ മനസ്സ് വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു രാവിലെ എഴുന്നേറ്റ ചെയ്യുന്നത് അതാണ് മനസ്സ് ഓരോ പോയി ചാടുക അവിടെ ഒന്നും അതിന് കിട്ടേണ്ടത് കിട്ടാതെയാവുമ്പം ഏതിലാണോ മനസ്സിനെ കെട്ടിയിട്ടത് മനസ്സിനെ കെട്ടിയിട്ടിട്ടുള്ളത് പ്രാണനിലാണ് ആ കെട്ടിലേക്ക് തന്നെ രാത്രിയാവുമ്പം മനസ്സ് വിലയിക്കുന്ന സമയത്ത് നിദ്ര അനുഭവപ്പെടുന്നു മനസ്സിന്റെ വിലയനമാണ് താൽക്കാലികമായ വിലയനമാണ് നിദ്ര ഒന്ന് അതായത് നിദ്ര മനുഷ്യൻ നിദ്രയെ അനുഭവിക്കുന്നത് അവശനായിട്ടാണ് അവന് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എന്നാണ് അതുകൊണ്ട് നാം ഇത്രയും നിദ്രയെ നിദ്രയാണല്ലോ നമുക്കത് വേണ്ടതും അല്ലെ ഓ ഈ നിങ്ങൾ തോപ്പിൽ ബാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ഗംഭീരാണ് അതിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതിലൊന്ന് ഈ പോലീസുകാർ കുറ്റകൃത്യം ചെയ്യ വലിയ പോലീസ് ഓഫീസേഴ്സൊക്കെ ഈ കുറ്റകൃത്യം ചെയ്ത് ഇങ്ങനെയുള്ള വലിയ വലിയ പദ്ധതികളൊക്കെ പ്രത്യേകിച്ച് വിപ്ലവ പ്രസ്ഥാനമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവരുടെ പദ്ധതികളെ അവർ അറിയാൻ ശ്രമിക്കുന്നത് ഇടിച്ചിട്ടും തൊഴിച്ചിട്ടും ഒന്നുമല്ല അങ്ങനെയൊന്നും ഇടികൊടുത്താലൊക്കെ പറയുക വല്ല നാളികേരെ മോഷ്ടിച്ച കേസോ അങ്ങനെയുള്ളതൊക്കെ പറയുള്ളൂ ഇതൊന്നും അങ്ങനെ ഇടിയിലൊന്നും പറയുന്നതല്ല അവർ ചെയ്യുന്ന പണി അവർക്കുള്ള ഇത് നിദ്രയെ ഇല്ലായ്മ ചെയ്യലാണ് അവരെ ഒരു പ്രകാരത്തിലും ഉറക്കാൻ അനുവദിക്കില്ല ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് മൂന്ന് നാല് ദിവസത്തേക്ക് ഒരാൾക്ക് ഉറ എന്നാൽ അത് അവരെ അറിയൂല്ല ഇവരെ ഉറക്കാതിരിക്കാനുള്ള പണിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തമായ ലൈറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ശബ്ദങ്ങളുണ്ടാവും അങ്ങനെ പല ശബ്ദങ്ങളുണ്ട് ഇതൊക്കെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉയർന്ന അവർക്ക് അതിലൊക്കെ റിസർച്ച് നടത്തുന്ന ആളുകളുണ്ട് എന്താണ് ഏതൊക്കെ ശബ്ദം നിരന്തരമായി കേട്ടാൽ നമ്മുടെ നിദ്ര ഇല്ലാതെയാവും അത് നിരന്തരമായിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും ചില ബസറുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ ഭക്ഷണവും മര്യാദയ്ക്ക് ഉണ്ടാവില്ല അഞ്ചാമത്തെ ദിവസം നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കാനുള്ള സൗകര്യവും കൊടുത്ത് നല്ലൊരു മുറിയിലേക്ക് പ്രവേശിപ്പിക്കും വളരെ നല്ല രീതിയില് ആ കട്ടില് കിടക്ക കണ്ട ഉറക്കം വരുന്ന വിധത്തില് നന്നായിട്ട് നല്ല കഞ്ഞി പൊടിയേരി കഞ്ഞിയും കൊടുക്കും എന്നിട്ട് നല്ല പാനൊക്കെ ഇട്ട് നന്നായിട്ട് കിടന്നോളാം പറയും ഉറങ്ങിക്കൊള്ളാൻ പറയും കേട്ടെന്നതും ആൾ ഉറങ്ങുമ്പോൾ മെല്ലെ വിളിക്കുന്നു എന്നിട്ട് ചോദിക്കും എന്തായിരുന്നു നിങ്ങളുടെ പരിപാടിന്ന് അല്ല അന്ന് ഏ എന്ന് ഞങ്ങളൊന്നും അറിയില്ല പെട്ടെന്ന് സ്വഭാവത്തിൽ പറയാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും എന്നാ ശരി പോട്ടെ എന്ന് പറയും ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ഉണർത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ ആറാമത്തെ പ്രാവശ്യം ഇവൻ നിദ്രയെ കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ഒരാളെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും ട്രെയിൻ വരുന്നു എഴുന്നേക്കുമെന്ന് പറഞ്ഞാലും മതി ഞാൻ ഇത് കഴിഞ്ഞിട്ട് എഴുന്നേക്കാന്ന് പറയും ആ നിദ്ര നിദ്രയെ ഇങ്ങനെ പുൽകാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും വല്ലാത്തൊരവസ്ഥയിലാണ് ചെന്നപ്പെടുന്നത് ആ സമയത്ത് ഇതൊന്ന് പറഞ്ഞേക്കൂ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞേക്കൂ എന്നിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി പുള്ളി കുത്ത് കോമ വിസർഗത്തിന് മാറ്റം വരാതെ എല്ലാം പറഞ്ഞു കൊടുക്കും എല്ലാം ഇടുക്കിയോ തൊഴുക്കിയ ഒന്നും വേണ്ട അവരെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കും ബസ് ഒരുവനെ നിദ്രയിലേക്ക് വിടാതെ അവന് നിദ്ര തരാം തരാം കൊടുത്തും എടുത്തും കൊടുത്തും എടുത്തും ഇതാക്കി കഴിഞ്ഞാൽ അവനെല്ലാം പറഞ്ഞു തരും ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും പറയിപ്പിക്കാനുണ്ടെങ്കിൽ ചെയ്തോളൂ അപ്പം നാം നമുക്ക് വേണ്ടതും അതല്ലേ നമ്മള് ഭാര്യ ഭർത്താവ് ഭാര്യയോട് പറയാം എനിക്കിത് മാത്രം ഇഷ്ടമില്ലാത്ത എന്ത് എന്നെ വിളിക്കുന്നത് എനിക്കറിയാം എഴുന്നേക്കാം കുട്ടികളും പറയുന്ന അതാ വിളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല നിദ്രയിൽ നിന്ന് ഉണരാൻ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നതും അതിനെയാണ് നമുക്ക് വേണ്ടതും അതാണ് ഒന്നും അറിയാതിരിക്കുക ഉണർന്നു കഴിഞ്ഞാൽ എല്ലാം അറിയണം അതാണ് കുഴപ്പം അപ്പം അതിലേക്ക് വഴുതി വിഴും അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ അതുകൊണ്ട് നിദ്രാനുഭവം ധ്യാനുഭവമായി ചിത്രീകരിച്ചു കൂടാന്ന് പറയും അതുകൊണ്ട് മനസ്സ് പല വിധത്തില് നമ്മളെ കൊണ്ടുപോകും പല വിധത്തിലും മനസ്സിനറിയാം നിന്നുറങ്ങാനറിയാം നിന്നിറങ്ങുന്നവരില്ലേ ബസ്സിൽ നടന്നുറങ്ങുന്ന ഒരു രോഗമുള്ളവരില്ലേ അല്ലേ നടന്ന് അവര് നടന്നങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും എന്നിട്ട് ഈ നടന്നിറങ്ങുന്നവർക്ക് അങ്ങനെ ആളുകളുണ്ട് വഴിയെ പോവാൻ ഉറങ്ങിയ കഷ്ടമായി പോകും എന്നിട്ട് ഇവര് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു ആക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയി കളയുക നടന്നുറങ്ങുന്നവര് ഇരുന്ന് എങ്ങനെ വേണമെങ്കിൽ ഉറങ്ങുന്നവരുണ്ട് ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊന്നും ഒരു ഏത് ബഹളത്തിലും ഉറങ്ങുന്നവര് അങ്ങനെയുണ്ട് അവർക്ക് നിശബ്ദത പറ്റില്ല പിന്നെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കണം ഉറങ്ങാൻ അങ്ങനെയൊക്കെ ഉണ്ട് ചിലർക്ക് അങ്ങനെ ഈ റെയിൽവേ ട്രാക്കിന് സമീപമൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പൊ പന്ത്രണ്ടരയ്ക്ക് ജയന്തി ജനത അങ്ങോട്ട് പോവും പന്ത്രണ്ടരയ്ക്ക് ജയന്തിജാത പോകുന്നത് അവരുടെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം രണ്ടു മണി രണ്ടു മണിക്കൂർ വൈകിക്കഴിഞ്ഞാൽ അവരെഴുന്നേക്കും എന്തൊന്നും പോയില്ലല്ലോ അങ്ങനെയാണ് രണ്ടരയ്ക്ക് അത് ചിഹ്നം വിളിച്ചുകൊണ്ട് ഊരി കാരണം അത് അതുകൊണ്ട് ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ പലതും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മതലത്തില് പലതും ഉറഞ്ഞുകൂടി നിൽക്കുന്നുണ്ട് സൂക്ഷ്മതലത്തിലുള്ളതിനെയൊക്കെ ഒന്നിങ്ങോട്ട് എന്താ പറയുക അടർത്തി എടുക്കണമെങ്കിൽ അവിടെ ധ്യാനം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് ധ്യാനം അവിടേക്കുള്ളതാണ് അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ളതിനെ പുറത്തു നിർത്തി പിന്നെ അകത്തേക്ക് കയറുന്നത് എന്താണ് പ്രാണനും അപാനനുമാണ് ആ പ്രാണാപാനന്മാരുന്ന് ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ച് അതിനെ ഏകമാക്കിക്കൊണ്ട് എന്തുവേണം സമാധിയെ അനുഭവിക്കാൻ സമമാക്കി അതിനെ അനുഭവിക്കാൻ മുനി അനുഭവിക്കുന്നവനാണ് മുനി അങ്ങനെ അനുഭവിക്കുന്നവൻ എന്താ പറയാ മുക്തനാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് തുടർന്ന് ഭോക്താരം യജ്ഞതപസാം സർവലോകമകേശ്വരം സുഹൃദം സർവഭൂതാനം ാ മാം ശാതി ഓ തീമദ്ഭഗവത്ഗീതുനിഷത്സ ബ്രഹ്മവിദ്യോസ്ജുനസംവാ കമ്മസയോ പച്ചമോധ്യ ഭക്താരം യജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനം ജ്ഞാ മാം ശാന്തിം ഋചതി ഇത് പറഞ്ഞു ഭഗവാൻ അഞ്ചാം അധ്യായം ജ്ഞാനകർമ്മസന്യാസയോഗം ഉപസംഹരിക്കുന്നു യജ്ഞതപസാം യജ്ഞ യാഗ തപസ്സിന്റെ അറിവന്യ തപസ് ജ്ഞാനയജ്ഞേന എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ മുൻപ് യാഗ തപസ്സുകളുടെ ഭോക്താരം ഫലം അനുഭവിക്കുന്നവനും സർവലോക മഹേശ്വരം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മഹാ ഈശൻ മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും അടിസ്ഥാനമായിട്ടുള്ള അവനും സർവഭൂതാനാം സുഹൃതം സർവഭൂതാനം പ്രപഞ്ചത്തിൽ ഒന്നൊഴിയാതെ എല്ലാറ്റിൻ്റെയും സുഹൃത് പ്രിയങ്കരനാണെന്ന് പറയാം അതുകൊണ്ട് ഈശ്വരനെ ദയവ് ചെയ്ത് നിങ്ങൾ ഈശ്വരനെ ചൂണ്ടിയിട്ട് പേടിപ്പിക്കാൻ പാടില്ല അവനെല്ലാവരുടെയും സുഹൃത്താണ് എല്ലാവരുടെയും സുഹൃത്താണെന്ന് പറയാം പക്ഷേ നമ്മൾ പറയും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളോട് പറയും എടാ ഈശ്വരനെ പേടി വേണം നിനക്ക് ആരെയും പേടിയില്ലെങ്കിലും ആരെ പേടിക്കണം ഈശ്വരനെ പേടിക്കണം ഈ ലോകത്തിൽ പേടിക്കേണ്ടാത്തതായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അത് ഈശ്വരനാണ് ബാക്കിയുള്ളതിനെയൊക്കെ പേടിക്കണം ഈശ്വരനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം സർവഭൂതാനാം സുഹൃതം അതെല്ലാവരുടെയും സുഹൃത്താണ് മാം ജ്ഞാത്വ എന്ന് എന്നെ അറിഞ്ഞിട്ട് അപ്പൊ ഭഗവാനെ എങ്ങനെ അറിയേണ്ടത് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണ് എന്ന് മാം ജ്ഞാത്വ മുനിഹി യോഗി ശാന്തിൻ റിച്ചതി ഇങ്ങനെ എന്നെ അറിയുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു ഈ അധ്യായം അവസാനിക്കുന്നു പൂർണമത പൂർണമൂർ പൂർണമുദ്യ പൂർണസ പൂർണമായ പൂർണമേവാശിഷ്യ ഓ ശാ ശാ ശാ